I used to sing in my mind. തസ് ആകംഭൂത്ത് അനി രാപ്പ പൃഥി പൃഥി ഓഷധേ ഓഷധിഭ്യോ അനം അപരുഷ സു പുരുഷോ അന്നിരം ദക്ഷിണ ശ്ലോകോ മൂലവാക്സൂത്രം അവിടെ മുതലാണ് ബ്രഹ്മത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ട് ആ വാക്യത്തിൽ ചൂണ്ടിക്കാട്ടിയ ബ്രഹ്മത്തെ പരാമർശിക്കുന്ന തസ്മാൻ ബ്രഹ്മ തസ്മാൻ ഇതി മന്ത്രവാക്യേണ അനന്തരം യഥാലക്ഷിതം ണവാക്യ സൂത്രിതം സത്യം വീണ്ടും പറഞ്ഞു രണ്ടിന്റെയും താല്പര്യം ഒന്ന് തന്നെ തസ്മാ ഏതസ്മാത് എന്ന് ഒരേ അർത്ഥം വരുന്ന ഈ രണ്ട് ശബ്ദങ്ങളെന്തിനുപയോഗിച്ചു അത്മാദ്ന്ന് ആദ്യം പരാമർശിക്കുന്നു ആദ്യം പറഞ്ഞ ആ ബ്രഹ്മത്തെ രണ്ടാമത് ഏതസ്മാദ് എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മത്തെ തന്നെ സത്യം ജ്ഞാനം അനന്തം എന്നും ലക്ഷണരൂപത്തിൽ വ്യാഖ്യാനിച്ചു ആ ലക്ഷണത്തിലൂടെ മനസ്സിലാക്കി അങ്ങനെ രണ്ടു തരത്തിലും ഇവിടെ പരാമർശിച്ച ആ ബ്രഹ്മത്തിൽ നിന്നു ബ്രഹ്മ ആദു ബ്രാഹ്മണവാക്യ സൂത്രിതം ആദ്യം ബ്രാഹ്മണവാക്യത്തിൽ അതിനെ സൂത്രരൂപത്തിൽ നിർദ്ദേശിച്ചു സത്യം ഞാനും അനന്തം ബ്രഹ്മേത്യ അനന്തരമേവ ലക്ഷിതം രണ്ടാമത് ലക്ഷണയിലൂടെ അതിനെ വിശദീകരിച്ചു സത്യം ജ്ഞാനം അനന്തം അതിന്റെ ലക്ഷണമാണെന്ന് പറഞ്ഞു തസ്മേസ് ബ്രഹ്മണ ആത്മനഹ ആത്മശബ്ദവാച്യാദ് അങ്ങനെയുള്ള ഈ ബ്രഹ്മത്തിൽ നിന്നു അപ്പോൾ തസ്മാ ഏതസ്മാദ് രണ്ട് ശബ്ദവും പറഞ്ഞു അത് കഴിഞ്ഞ് ബ്രഹ്മണ ആത്മനഹ ആ രണ്ട് ശബ്ദവും പറഞ്ഞു ആത്മശബ്ദത്തിന്റെ അർത്ഥവും ബ്രഹ്മം തന്നെ ആത്മനഹ ആത്മശബ്ദവാച്യാദ് ആത്മശബ്ദത്തിന്റെ അർത്ഥമായിരിക്കുന്ന ആ ബ്രഹ്മം അതിൽ നിന്നും ആകാശാദി ഭൂതങ്ങൾ ഉണ്ടായി എന്നാണ് ബ്രഹ്മത്തിൽ നിന്ന് ആകാശാദികൾ ഉണ്ടായിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൃഹത്തായ അതുകൊണ്ട് തന്നെ അപരിച്ഛിന്നമായ അനന്തമായ എന്നെല്ലാം പറയുമ്പോൾ അത് തന്നയമായ ഒന്നിൽ നിന്നോ ബൃഹത്തായ ഒന്നിൽ നിന്നോ ഇതുണ്ടായിരുന്നു വരും പ്രപഞ്ചം ആത്മനഹ സംഭൂത എന്ന് പറഞ്ഞാലും ആത്മാവിൽ നിന്നും താൻ തന്നെയാണ് ആത്മാവ് പരിച്ഛന് ആയിരിക്കുന്ന തന്നിൽ നിന്നും ഈ വിപുലമായ സൃഷ്ടി ഉണ്ടായിരുന്നു വരും ഇത് രണ്ടും ഈ രണ്ട് അടുത്തതും ധരിക്കാൻ പാടില്ല മറിച്ച് ആ ബ്രഹ്മമാകുന്ന ആത്മാവ് രണ്ടും ആ ബ്രഹ്മം അത് അനന്തമാണ് സത്യജ്ഞാൻ അനന്തരൂപമാണ് അത് തന്റെ സ്വരൂപമാണ് അതുകൊണ്ട് അത് പരിഛിന്നനായ താനല്ല അപരിച്ഛിന്നനായ താനാണ് പരിഛന്നനായ താൻ ഈ സൃഷ്ടിക്ക് കാരണമല്ല എന്ന് പറയുമ്പോൾ ഈ ജീവഭാവത്തിൽ താൻ സ്വയം തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഭാവത്തിൽ സൃഷ്ടിക്ക് സാധ്യമല്ല തന്റെ വാസ്തവ സ്വരൂപം അത് ബ്രഹ്മമാണോ ആ വാസ്തവ സ്വരൂപം സത്യജ്ഞാനന്ദ രൂപത്തിലാണ് അതുകൊണ്ട് അതിൽ നിന്നും ഈ സൃഷ്ടി സംഭവിക്കാം അതുകൊണ്ടാണ് ബ്രഹ്മണ ആത്മനഹ എന്ന് പറയുന്നത് അപ്പോൾ തന്നിൽ നിന്നും സൃഷ്ടി സംഭവിച്ചു എന്ന് പറയുന്നത് രണ്ടു തരത്തിലും മനസ്സിലാക്കാം തന്നിൽ നിന്നും ഈ പരിച്ഛിന്നനായിരിക്കുന്ന ദേഹത്തിൽ ഒതുങ്ങിയിരിക്കുന്ന തന്നിൽ നിന്ന് സൃഷ്ടി സംഭവിച്ചു എന്ന് പറയുന്നത് അസംബന്ധമാണ് ആ രീതിയിൽ അത് ശരിയല്ല ആത്മാവിൽ നിന്ന് സൃഷ്ടി സംഭവിച്ചു എന്ന് പറയുന്നു അസുഖം ആ ദേഹത്തിലിരിക്കുന്നത് ബൃഹത്തായ ബ്രഹ്മമാണ് അത് പരിച്ഛന്നമായ ഒന്നല്ല അതിൽ നിന്നും സൃഷ്ടി സംഭവിക്കാം ബൃഹത്തായത് എങ്ങനെ താനാകും കാരണം താൻ തന്നാൽ തന്നെ അനുഭവിക്കുന്നത് പരിച്ഛിന്നമായിട്ടാണ് അതിനു സമാധാനം പറയുന്നു ആത്മാർവസ്യ തത് സർവസ്യ ആത്മാ തന്റെ മാത്രമല്ല താൻ എന്ന് പറയുമ്പം മറ്റുള്ളിൽ നിന്നും തന്നെ വേർതിരിച്ചു കാണും ആ താൻ പരിച്ഛിന്നനാണ് പക്ഷേ ഇവിടെ പറയുന്ന താൻ ഏതാണ് സർവസ് തത്താത്മാ സർവത്തിൻ്റെയും ആത്മാവായിരിക്കുന്നതാണ് സർവത്തിൻ്റെയും ആത്മാവായിരിക്കുന്നതാണ് തന്റെയും സ്വരൂപം അവിടെ ഭേദമില്ല താൻ അന്യൻ എന്നുള്ള ഭേദമില്ല അത് മുമ്പ് പറഞ്ഞു എന്താണ് അനന്യത്വ സർവത്തിനോടും താദാത്മ്യരൂപത്തിലിരിക്കുന്നുണ്ട് ഒന്നിനെയും അതിലൊന്നും ഉപേർദ്ധരിക്കാൻ കഴിയാത്തത് അതിനെയാണ് ആത്മാവെന്ന് പറയുന്നത് എന്നാൽ ആത്മാവെന്ന് പറയുമ്പോൾ അത് ഞാനാണ് അല്ലെങ്കിൽ നീയാണ് അങ്ങനെ ധരിക്കാൻ വേണ്ടിയിട്ടുണ്ട് എനിക്ക് എൻ്റെ ഈ ശരീരത്തോടും മനസ്സിനോടും എല്ലാം താതങ്ങപ്പെട്ടിരിക്കാൻ കഴിയും പക്ഷേ സർവത്തോടൊന്നും മാത്രം അതാത്മ്യം വരുന്നില്ല ഇവിടെ പറയുന്നതല്ല തത് സർവസ്യാത്മ അത് സർവത്തിനോടും താതാത്മ്യപ്പെട്ടിരിക്കുന്നതാണ് സർവത്തിനോടും അങ്ങനെ താതാന്മ്യപ്പെട്ടിരിക്കുന്ന ഒന്ന് അതിനോടായിരിക്കും താനും താതാത്മ്യപ്പെട്ടിരിക്കുന്നു ഈ ശരീരവും ഇന്ദ്രിയവും മനസ്സുമെല്ലാം അതിനോട് താതാത്മ്യപ്പെട്ടിരിക്കുകയാണ് അതിൽ അത് സൃഷ്ടിക്ക് കാരണമാണ് തത് സത്യം സ ആത്മ അതിനെക്കുറിച്ച് പറയുന്ന അത് സത്യമാണ് അതാണ് സ്വരൂപം തത് സത് സത്തിനെ കുറിച്ച് പറയാണ് അതാണ് സത്യം സത്മാരാ അതോ ബ്രഹ്മ ആത്മാ അതുകൊണ്ട് ബ്രഹ്മ ആത്മാ രണ്ടൊന്ന് തന്നെ രണ്ടു ഒന്നാണെങ്കിൽ ബ്രഹ്മാവിൽ നിന്നാണ് സൃഷ്ടി എന്നു പറയാം ആത്മാവിൽ നിന്നാണ് സൃഷ്ടി എന്നും പറയാം തസ്മാ ബ്രഹ്മണ ആത്മസ്വരൂപ ആ ബ്രഹ്മം എങ്ങനെയുള്ള ബ്രഹ്മം ആത്മസ്വരൂപമായ ബ്രഹ്മത്തെ അന്യമായി ചിന്തിക്കരുത് ഇതാണ് അദ്വൈതത്തിന്റെ പ്രത്യേകത തത്വത്തെ ബോധിപ്പിക്കുന്നു അദ്വൈതത്തിൽ തത്വത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറയുന്ന ഇതാണ് ഈ ഒരു കാര്യമേ അവിടെ ബോധിപ്പിക്കാനുള്ള എന്താണ് ബ്രഹ്മണ ആത്മസ്വരൂപ തത്വബോധം അല്ലെങ്കിൽ തത്വബോധനം അദ്വൈതമനുസരിച്ച് ബ്രഹ്മം തന്നെ ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മരൂപത്തിലുള്ള ആത്മാവ് എവിടെയെല്ലാം ഇത് ബോധിപ്പിക്കുന്നുണ്ട് ഇതിനാണ് പറയുന്നത് ജീവാത്മ പരമാത്മ ഏകത്വം ജീവാത്മ പരമാത്മ ഏകത്വത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ടോ എവിടെ നിന്നാണോ ബോധിക്കാൻ കഴിയുന്നത് അതാണ് ജ്ഞാനം എന്ന് പറയുന്നത് അദ്വീതത്തില് ജ്ഞാനം അതിന് മാത്രമേ പറയൂ ജ്ഞാനവും അദ്വീതത്തിൽ പല വിഷയങ്ങളും പറയും ഇതല്ലാതെയും പറയും മറ്റെന്തെല്ലാം വിഷയങ്ങളെ കുറിച്ച് പറയുന്നു അതെല്ലാം ഉപാസനം രണ്ടും തമ്മിലുള്ള വ്യത്യാസം ബാക്കി എല്ലാം ഉപാസനയിൽപ്പെടും ബാക്കി വരുന്ന ആധ്യാത്മീയ വിഷയങ്ങൾ ജീവാത്മ പരമാത്മ ഏകത്വത്തെക്കുറിച്ച് ബോധിപ്പിക്കുന്നത് മാത്രം ഞാൻ എന്തുകൊണ്ടതാണ് പരമാർത്ഥം അതല്ലാതെ മറ്റെന്തെങ്കിലും നമ്മൾ മനസ്സിലാക്കുകയോ നമ്മളോട് അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതല്ല ഉപാസനയുടെ ഭാഗത്ത് അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നതാണ് ബ്രഹ്മണ ആത്മസ്വരൂപ ആത്മസ്വരൂപമായ ആ ബ്രഹ്മത്തിൽ നിന്ന് ആകാശ സംഭൂത ആകാശം സമുപ്പന്ന ഉണ്ടായി ഇതാണ് ഏറെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം തെന്നിൽ നിന്ന് ആകാശമുണ്ടായി ഇവിടെ രണ്ടിടത്തും നമുക്ക് ഭ്രമം ഉണ്ടാവും ഒന്ന് നമ്മളിൽ കാണുന്ന ആകാശം ഇത് തന്നിൽ നിന്നാണ് ഉണ്ടായത് നമ്മളീ കാണുന്ന വായു അഗ്നി ജലം ഭൂമി ഇതെല്ലാം തന്നെ നിന്നാണ് ഉണ്ടായത് ഇതൊരു അങ്ങനെ ധരിക്കുകയാണെങ്കിൽ അത് അസംബന്ധം തന്നെയാണ് ഈ ബാഹ്യമായി കാണുന്ന പൃഥിവി ഈ കാണുന്നു ഇതിന്റെ സൃഷ്ടിയെ നമ്മൾ അംഗീകരിക്കുകയും ഇതുണ്ടായതാണ് എന്ന് സ്വീകരിക്കുകയും അത് തന്നിൽ നിന്നുണ്ടാകുന്നതാണെന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ആ സംബന്ധമാണ് അതൊരിക്കലും തന്നിൽ നിന്ന് ഉണ്ടായതല്ല താനും അതുമായിട്ട് യാതൊരു സംബന്ധമില്ല താൻ പരിച്ഛന്നനാണ് ഇത് വളരെ സ്ഥൂലമാണ് ബൃഹത്താണ് അപ്പോ അങ്ങനെ ബൃഹത്തായിരിക്കുന്നുവെന്ന് തന്നിൽ നിന്നങ്ങനെ ഉണ്ടാവും അപ്പോ ഇതിന്റെ സൃഷ്ടിക്ക് കാരണമായ താനാര് അതുകൊണ്ട് ഈ കാണുന്ന ഭൂമി എന്നിൽ നിന്നുണ്ടായി എന്നും മറ്റും പറയുന്നത് അസംബന്ധം തന്നെയാണ് അത് ശ്രുതിയെന്നും അങ്ങനെ പറയുന്നില്ല നമ്മൾ കുടിക്കുന്ന വലം വെള്ളം ജലം അത് നമ്മളിൽ നിന്നാണ് ഉണ്ടായത് നമ്മളെ ദഹിപ്പിക്കുന്ന അഗ്നി നമ്മളിൽ നിന്നാണ് ഉണ്ടായത് എന്നിൽ നിന്നാണ് അഗ്നി ഉണ്ടായെങ്കിൽ അതുണ്ടായ സമയത്ത് എന്നെ ദഹിപ്പിച്ചില്ല ോക്ക അപ്പൊ ഇതൊന്നും നമ്മളിൽ നിന്നുണ്ടായിരുന്നല്ല ഇവിടെ പറയുന്നു കാരണം ഇത് മൂർത്തങ്ങളാണ് അല്ലെങ്കിൽ സ്ഥൂലങ്ങളാണ് അവരുടെയൊക്കെ സൃഷ്ടി അംഗീകരിക്കും അതുണ്ടായി എന്ന് നമ്മൾ സങ്കല്പിക്കുകയും നമ്മിൽ നിന്നുണ്ടായി സങ്കല്പിക്കുകയും അത് രണ്ടും ബുദ്ധിമുട്ടാണ് അത് കുരങ്ങനിൽ നിന്ന് മനുഷ്യനുണ്ടായി എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ അത് വിശ്വസിക്കേണ്ടി വരും കാരണം കുരങ്ങനെ നമുക്കറിയാം അതിൽ നിന്നുണ്ടാകുന്നതെല്ലാം കുരങ്ങന്മാരാണ് മനുഷ്യനെ അറിയാം അതിൽ നിന്നുണ്ടാകുന്നതെല്ലാം മനുഷ്യന്മാർ എന്നാലും നമുക്ക് വിശ്വസിക്കേണ്ടി വരും എന്താണ് കുരങ്ങനിൽ നിന്നും മനുഷ്യനുണ്ടായി എന്ന് പറയുന്നത് എന്നിൽ നിന്ന് ഭൂമി ഉണ്ടായിന്ന് പറയുന്നു എന്നാൽ എന്താ എന്റെ താല്പര്യം ഇവിടെ പറയുന്നത് ആകാശവാദി തത്വങ്ങളെ ഈ കാണുന്ന ആകാശ വായു അഗ്നി ജലം ഭൂമി എന്ന് പറയുന്നതിന് പിന്നിൽ ആകാശാദി തത്വങ്ങളുണ്ട് ഇതിന് കാരണമായിരിക്കുന്ന ഏതോ അതിന്റെ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത് അത് തന്നിൽ നിന്നുണ്ടായി സൃഷ്ടി അവിടെ സ്വീകരിക്കുകയാണ് അങ്ങനെ ഒരു സൃഷ്ടി ഈ കാണുന്നതോ ഇതിന് സൃഷ്ടിയായി സ്വീകരിക്കുകയാണെങ്കിൽ ഇതിന്റെ കാരണം വേറെ പറയുന്നുണ്ട് ശ്രുതി തന്നെ പറയുന്നുണ്ട് ഇത് തന്നിൽ നിന്നുണ്ടായി എന്നുള്ള വേണ്ടി തോന്നും പറയത്തില്ല അതിന് കാരണം പറയുന്നത് ഇതിന്റെ സൃഷ്ടി അംഗീകരിക്കുന്ന ഭാഗത്ത് ഈ കാണുന്ന ഭൂമിയും ജലവും അഗ്നിയൊക്കെ ഉണ്ടായി എന്ന് പറയുന്നിടത്ത് പറയും അതിൻ്റെ കാരണങ്ങളെ കുറിച്ച് പറയും അത് ഈ ആകാശാദി മാറ്റങ്ങൾ സംഭവിച്ചു പരിണാമങ്ങൾ സംഭവിച്ചു എന്നേ പറയുന്ന ശ്രുതിയിൽ ആകാശാദി തത്വം കൊണ്ട് പരിണാമം ഫലമായിട്ടാണ് ഈ കാണുന്ന ജലവും ഇതുമെല്ലാം ഉണ്ടായത് അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ് ഇതിന്റെയെല്ലാം തത്വ സൃഷ്ടി അത് സ്ഥൂലമല്ല സൃഷ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥൂലമായ സൃഷ്ടിയെ പരിചയമാണ് സ്ഥൂലമായ സൃഷ്ടി എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ആകാശാദി തത്വങ്ങളുമായി തെരഞ്ഞെടുപ്പടുത്തുമ്പോൾ പരമാണു വരെയുള്ളതെല്ലാം സ്ഥൂലമാണ് പരമാണു സ്ഥൂല സൂക്ഷ്മ ഈ സ്ഥൂല സൃഷ്ടി ആ സ്ഥൂല സൃഷ്ടി ഈ സൂക്ഷ്മത്തിൽ നിന്ന് സംഭവിച്ചാണ് ആ സൂക്ഷ്മത്തെ കുറിച്ചാണ് പറയുന്നത് ഈ സ്ഥൂലത്തെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കാം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വിഷയമായിട്ട് ഗ്രഹിക്കുന്നു ഞങ്ങളെ ജ്ഞാനത്തിന്റെ വിഷയമായി ഗ്രഹിക്കുന്നു അവിടെ പറയുന്നു ഞാൻ അറിയുന്നവ ഇതിന്റെ അറിവ് ഞാൻ അറിയപ്പെടുന്നവ എന്നിങ്ങനെ ഗ്രഹിക്കുന്നു വേർതിരിച്ച് ഗ്രഹിക്കുന്നു എന്തുകൊണ്ടത് സ്ഥൂലമായതുകൊണ്ട് ജ്ഞാനത്തിനത് വിഷയമായിരിക്കുന്നു അവിടെ അനുഭവം വരുന്നതാണ് ജ്ഞാനത്തിൽ നിന്ന് വേറെയാണ് പുസ്തകം ജ്ഞാനമാണെന്ന് പറയാൻ പറ്റുന്നില്ല മറിച്ച് എനിക്ക് പുസ്തകത്തിന്റെ ജ്ഞാനമുണ്ട് എന്നാ പറയുന്നത് പേനയുടെ ജ്ഞാനമുണ്ട് മേശയുടെ ജ്ഞാനമുണ്ട് അപ്പൊ ജ്ഞാനത്തിൽ നിന്നും വേർതിരിച്ച് സ്ഥൂലവും മൂർത്തവുമായിരിക്കുന്നതിനെല്ലാം ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട് ഒരു സൂക്ഷ്മത്തെ അങ്ങനെ ഗ്രഹിക്കാൻ കഴിയത്തില്ല വിചാരം ചെയ്യുന്നവർക്ക് മനസ്സിലാവും എന്താണോ ഇതെല്ലാം ബാഹ്യമായി സ്ഥൂലമായി ഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം ജ്ഞാനത്തോട് താതാമ്യപ്പെട്ടിരിക്കുന്നു ജ്ഞാനത്തിൽ നിന്ന് ഇങ്ങനെ വേർതിരിക്കാൻ പോയ്യ ജ്ഞാനം വേറെ വസ്തു വേറെ അങ്ങനെ വേർതിരിക്കാൻ പോയ അങ്ങനെ വേർതിരിക്കാൻ ശ്രമിക്കുന്നത് തന്നെ ജ്ഞാനമാണ് പിന്നെ ജ്ഞാനത്തിൽ നിന്ന് വേർതിട്ട ഇതിനെ വേർതിരിക്കാനും രണ്ടിനെ രണ്ടാക്കാൻ പറ്റത്തില്ല അതാണ് പരമാർത്ഥം എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞു അനന്യത്വ ഇത് അനന്യമായിരിക്കുന്നു ഈ കാണുന്ന സർവ്വസൃഷ്ടിയും അനന്യമായിരിക്കുന്നു ഈ സ്ഥൂലമായ സൃഷ്ടി പോലും പരമാർത്ഥത്തിൽ അനന്യമായിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ സ്ഥൂലത്തേക്കാൾ സൂക്ഷ്മവും വ്യാപകവുമായിരിക്കുന്നു സൂക്ഷ്മം എപ്പോഴും സ്ഥൂലത്തെ വെച്ച് വ്യാപകമായിരിക്കും വ്യാപകമായിരിക്കുന്നത് അത് ഇതിനോട് പൂർണ്ണമായും അനന്യമായിരിക്കും സ്ഥൂലവും അനന്യമായിരിക്കുന്നു പക്ഷേ അത് സ്ഥൂലമായതുകൊണ്ട് വേർതിരിച്ച് കാണുന്നു അനന്യമാണെങ്കിൽ സൂക്ഷ്മമാണെങ്കിലോ അത് സൂക്ഷ്മമായിരിക്കുന്നു കൂടുതൽ വ്യാപകമായിരിക്കുന്നു അതിനെ വേർതിരിച്ച് കാണാൻ പോയി ഇത് ആകാശം ഇത് വായു ഇതഗ്നി ഇത് ജലം ഇത് പൃഥ്വി എന്നിങ്ങനെ വേർതിരിച്ച് കാണാൻ പോയി എന്തുകൊണ്ട് അത് അതിന്റെ താതാത്മ്യം വേർതിരിക്കാൻ കഴിയാത്തതാണ് ആ താതാത്മ്യമാണ് അന്ധകരണത്തിന് അനുഭവപ്പെടുന്നത് അന്ധകരണ രൂപത്തിന് അനുഭവപ്പെടുന്നത് ചിത് ജഡ താതാത്മ്യം അതിനാണ് അധ്യാസം മറ്റും പറയുന്നത് അതെവിടെ സൂക്ഷ്മമായ തലത്തിൽ അന്ധകരണത്തിന്റെ തലത്തിൽ അന്ധകരണത്തിന്റെ സൂക്ഷ്മമായ ഭാഗങ്ങളിൽ ഇത് ഈ ചൈതന്യവും ഈ ഭൂതവുമായി പൂർണ്ണ താതാത്മ്യത്തെ വേർതിരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അവിടെ ഉള്ള ഈ ഭൂതങ്ങൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് സ്ഥൂലഭൂതങ്ങളെ കുറിച്ചല്ല ആകാശം വായു എന്നെല്ലാം പറയും നോക്ക് പരിചയമുള്ള കാര്യങ്ങളല്ല അത് കേവല തത്വങ്ങൾ അതിന് ജീവന് വേറെ ഇവിടെ അറിയുന്നത് പോലെ ഇത് ഭൂമിയാണ് ഇത് ജലമാണ് ഇത് അഗ്നിയാണ് അങ്ങനെ ഗുണങ്ങളെ കൊണ്ട് തിരിച്ചറിയാൻ പറ്റും അത് പൂർണമായും ചൈതന്യത്തോട് താതമ്യപ്പെട്ടിരിക്കുന്നു അതിന്റെ ഗുണങ്ങളും അതുപോലെ താതമ്യപ്പെട്ടിരിക്കുന്നു ഇവിടെ ഗുണങ്ങളെ തിരിച്ചറിയാം പൃഥ്വി ബന്ധമുള്ളതാണ് അഗ്നി ഊഷ്ണുള്ളതാണ് ജലം ശീതമാണ് വായുസ്പർശമാണ് തിരിച്ചറിയാൻ പറ്റും എന്തുകൊണ്ട് ഗുണങ്ങൾ സ്ഥൂലമാണ് ഇവിടെ അങ്ങനെയല്ലാതാന്യത്തിൽ ഇരിക്കുന്നതാണ് ഭൂതങ്ങൾ ഗുണങ്ങളും അതിനോട് താതമ്യപ്പെട്ടിരിക്കുന്നു ഈ കാണുന്ന സ്ഥൂലമായ പൃഥ്വിയാധികളുടെ ഗുണത്തെ കണ്ടുകൊണ്ട് നമ്മൾ ഊഹിക്കുക മാത്രം ചെയ്യണതാണ് ഇതിന്റെ പിന്നിൽ ഇതിന്റെ തത്വത്തിനും ഈ ഗുണങ്ങളുണ്ടായിരിക്കും ആകാശത്തിൽ ഒരു ഗുണമുണ്ടെങ്കിൽ ആകാശത്തിന്റെ ആ സൂക്ഷ്മതയിൽ അതിനുമുണ്ടൊരു ഗുണം അതാണ് അടുത്ത് പറയുന്ന ആകാശമ ശബ്ദഗുണോ അവകാശകരോ മൂർത്തദ്രവ്യാണ് ആകാശം നമ്മളിൽ കാണുന്ന ആകാശം അത് ശബ്ദഗുണത്തോടു കൂടിയതാണ് അതിലൊരു ഗുണമുണ്ട് ഇത് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവു ബാഹ്യമായി സ്ഥൂലമായി കാണുന്നതിന് അവകാശകരോ അത് അവകാശത്തെ കൊടുക്കുന്നതാണെങ്കിൽ ഇടത്ത് കൊടുക്കുന്നതാണോ മൂർത്തദ്രവ്യമാണ് മൂർത്തദ്രവ്യങ്ങൾക്ക് അഗ്നിയും ജലവും കൃതിയും എല്ലാം അതിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിന്റെ ഗുണമാണ് ശബ്ദം ശബ്ദ തന്മാത്രയാണ് ആകാശം എന്ന് പറയുന്നത് അതടുത്ത ചെറുത്ത് ഈ ശബ്ദം എന്നുണ്ട് ആകാശത്ത് എന്നുണ്ട് പറയുന്നു കാരണം ശബ്ദം അതിന് പല അത് ആന്തരികമാണ് അത് വ്യാപകമാണ് അങ്ങനെ പല സവിശേഷതകൾ ശബ്ദത്തിനുണ്ട് ആകാശപമായിട്ട് അതിന് സാധർമ്യമുണ്ട് അത് സഞ്ചരിക്കുന്നതിനുള്ള മാധ്യമം മാത്രമാണ് വായു വായുവിന്റെ ഗുണമല്ലാതെ ആ ശബ്ദത്തിന് സഞ്ചരിക്കണമെങ്കിൽ നമുക്ക് അത് വായുവിനെ ഒരു സഹായം സ്വീകരിക്കുന്നു പക്ഷെ അത് എവിടെ സഞ്ചരിക്കുന്നു എല്ലാത്തിനും അവകാശം കൊടുക്കുന്ന ആകാശത്ത് തന്നെയാണ് ആത്യന്തികമായി അതും സ്ഥിതി ചെയ്യുന്നത് കാരണം എന്തുകൊണ്ട് അവകാശകരം അവകാശത്ത് കൊടുക്കുക എന്ന് പറയുന്നതാണ് ആകാശത്തിന്റെ ജോലി ഇടം കൊടുക്കുക അപ്പൊ സിഷ്ടമായത് എല്ലാം നിലനിൽക്കുന്നത് ആകാശത്തെ തന്നെ ശബ്ദവും നിലനിൽക്കുന്ന ആകാശത്തെ തന്നെ അതാകാശത്തെ പോലെ വ്യാപകവും സൂക്ഷ്മവുമായതുകൊണ്ട് അതിന് ആകാശത്തിന്റെ ഗുണം എന്ന് പറയുന്നു അതാണ് ആകാശം നമ്മൾ ശബ്ദഗുണവും അവകാശകരോ മൂർത്ത ദ്രവ്യമാണ് അതാണ് ആകാശം തസ്മാകാശ ശബ്ദഗുണമുള്ള ആകാശത്തിൽ നിന്ന് സ്വേന സ്പർശ ഗുണേന പൂർവേണ കാരണേന ശബ്ദേന ദുഗുണോ വായുഹു അതിൽ നിന്ന് വായുവുണ്ടായി സ്ഥൂലത്തെ കാണിച്ചു തരുന്ന എന്തിനു സ്ഥൂലവുമായി താരതമ്യ ചെയ്ത് അതിനെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ആ ആകാശത്തിൽ നിന്ന് ശബ്ദഗുണത്തോടു കൂടി ആകാശത്തിൽ നിന്ന് സ്പർശഗുണേന സ്വേന പൂർവ്വീണ കാരണമാണ് ശബ്ദഗുണ സ്പർശഗുണമെന്ന് പറയുന്നത് വായുവിന്റെ ഗുണം അപ്പൊ അതെന്താണ് സ്വഗുണമാണ് നിജഗുണമാണ് ആ നിജഗുണമായ സ്പർശഗുണത്തോടുകൂടി പൂർവഗുണമായ ശബ്ദഗുണത്തോടുകൂടി ആകാശം പ്രകടമായി അപ്പോ ആകാശത്തിൽ നിന്നാണോ വായുണ്ടായത് കേവലമായ ആകാശത്തു നിന്നല്ല ആകാശം ഉണ്ടായതെങ്ങനെ താതാത്മ്യനെയാണ് ഉണ്ടായത് ആത്മാവിൽ നിന്നും താതാത്മ്യത്തിലുണ്ടായി ആത്മാവിൽ നിന്നും വേറെ തിരിയാൻ വയ്യാതെ ആകാശമുണ്ടായി അങ്ങനെ ആത്മാവിനോട് താതാത്മ്യപ്പെട്ട ആകാശത്തിൽ നിന്ന് അവിടെ നിന്നാണ് വായുണ്ടായത് എന്ന് പറയുമ്പോൾ അത് കേവലമായ ആത്മാവിൽ നിന്നല്ല എന്തുകൊണ്ട് അതിനാണ് പറഞ്ഞ് പൂർവ്വ ഗുണം കൂടി അതിൽ തോന്നുന്നു ആകാശത്തിന്റെ ഗുണം കൂടി അതിൽ തോന്നുന്നു കേവലമായ ആകാശത്തിൽ നിന്നല്ല കേവലമായ ആകാശത്തിൽ ശബ്ദം മാത്രമേ ഉള്ളൂ സ്പർശം കൂടിയുണ്ടാവും അത് എവിടെ നിന്ന് അത് ആത്മാവിനോട് അത് താതാത്മ്യപ്പെട്ടതുകൊണ്ട് ആത്മാവിനോട് താതാത്മ്യമായി അത് പ്രകടമായപ്പോ അതിന്റെ സ്വഭാവ വിശേഷമായ സ്പർശം കൂടി അതിൽ വന്നു എങ്ങനെയാണോ ആകാശം ആത്മാവിനോട് താതാത്മ്യമായി പ്രകടമായപ്പോൾ അതിൽ ശബ്ദഗുണം വന്നത് അത് ആ സ്വഭാവമാണ് ആ വസ്തു പ്രകടമാകുമ്പോൾ അതിന്റെ സ്വഭാവത്തോടുകൂടി പ്രകടമാകും എന്നാൽ അത് കേവലമായ ആത്മാവിൽ നിന്നല്ല മുമ്പ് പ്രകടമായ ആകാശം അതിൽ നിന്നുകൂടിയാണത് ഉണ്ടായത് ആത്മാവിനോട് തദാന്യപ്പെട്ടിരിക്കുന്ന ആകാശത്തിൽ അപ്പോൾ ഒന്ന് അങ്ങനെ ഒരു സൃഷ്ടി സംഭവിക്കുമ്പോ എന്താണോ സൃഷ്ടിയുടെ വിലക്ഷണത പ്രത്യേകത അത് സംഭവിക്കുന്നു അതാണ് ആകാശത്തിൽ ശബ്ദം സംഭവിച്ചത് വായുവിൽ സ്പർശം സംഭവിച്ചതും അങ്ങനെ എന്നാൽ പൂർവ്വത്തിൽ നിന്ന് അതിലേക്ക് ശബ്ദം കൂടിയുദ്ധി ഗുണോ വായു അങ്ങനെ രണ്ട് ഗുണത്തിലുള്ള വായു എന്ന് പറയുമ്പോഴും ഇവിടെ ആകാശം എന്ന് പറയുന്ന ഒരു വസ്തു അതിൽ ശബ്ദമെന്ന് ഗുണം അതിൽ വായു എന്ന് ഒരു വസ്തു അതിൽ സ്പർശമെന്ന് വരുന്ന ഗുണം അങ്ങനെയൊന്നും ഉദ്ദേശല്ല പറയുന്നു അദ്വൈതത്തിൽ ഗുണവും ഗുണിയും തമ്മിൽ താതാമ്യമാണ് വേർതിരിക്കാമോ ശബ്ദമൊന്നും ആകാശമൊന്നും പറഞ്ഞ് രണ്ടുണ്ടായിട്ടില്ല ശബ്ദം സ്പർശം വായു ഇങ്ങനെ മൂന്നല്ല ഗുണഗുണികളെ വേർതിരിക്കാമോ അത് താരതമ്യത്തിലിരിക്കുന്നു ഏത് വസ്തു എടുത്ത് നോക്കിയാൽ പറയും നമ്മുടെ മുമ്പിലിരിക്കുന്ന കടലാസ് അതിൽ നിന്ന് അതിൻ്റെ ഒരു ഗുണത്തെ നമുക്ക് വേർതിരിക്കാൻ വയ്യ എന്താണ് അതിൻ്റെ ആകൃതി അത് പരന്നിരിക്കുന്നു ചതുരമായിരിക്കുന്നു ദീർഘചതുരമായിരിക്കുന്നു അതിന് സ്വതയുള്ള ഒരു നരം അതൊക്കെയാണ് അതിൻ്റെ ഗുണം അതിൽ ഈ കടലാസനം വേർതിരിക്കുക കടലാസനം മാറ്റിപ്പടിക്കുക അതിൽ ആ നിറം അതിന് സഹജമായിരിക്കുന്ന നിറം അതൊക്കെ പാടില്ല അതിന് സഹജമായിരിക്കുന്ന ആകൃതി ഗുണം അത് പാടില്ല അതിന് എന്തെല്ലാം ഗുണങ്ങളുണ്ടോ ഗുരുത്വമോ ഘനത്വമോ ഗുരുപരിസന്ധ എന്തൊക്കെയുണ്ടോ അതിൽ നിന്നെല്ലാം മാറിയിട്ട് ആ സാധ്യമുണ്ട് എന്നാലും നമ്മൾ പറയുന്നത് എന്താണത് ഗുണി ഇത് ഗുണം കടലാസ ഗുണിയാണ് അതിന്റെ ആകൃതികളും മറ്റും എന്റെ ഗുണമാണ് രണ്ടായി വേർതിരിച്ച് പറയുന്നു രണ്ടായതുകൊണ്ടാണോ അങ്ങനെ വേർതിരിച്ച് പറയുന്നത് ആരെങ്കിലും അല്ലെ രണ്ടാക്കിയിട്ടുണ്ടോ കടലാസില് അതിന്റെ ആകൃതിയെ മാറ്റി നമ്മൾ രണ്ടായി പറയുന്നു വാസ്തവത്തിലെന്താണ് താതാത്മ്യപ്പെട്ടിരിക്കുകയാണ് ഗുണവും ഗുണിയും ഒരിക്കലും ഭേദിക്കാൻ കഴിയാത്ത രീതിയിലിരിക്കും വേഗമായിരിക്കുന്നു ഒന്നായിരിക്കുന്നു അതുകൊണ്ട് അദ്വൈതങ്ങള് പറയും താദാത്മ്യ സംബന്ധം ഒന്നായിരിക്കാന്ന് പറഞ്ഞാൽ എന്താണോ വായുവിൽ നിന്ന് വേറിട്ടൊരു സ്പർശമില്ല വായു തന്നെ വായുൽ നിന്ന് വേറിട്ടൊരു ശബ്ദമില്ല വായു തന്നെ ആകാശത്തിൽ നിന്ന് വേറിട്ടൊരു ശബ്ദമില്ല ആത്മാവിൽ നിന്ന് വേറിട്ടൊരു ആകാശമില്ല അപ്പോൾ ഈ പ്രകൃതിയിൽ ആകെയുള്ള ഒരേ ഒരു സംബന്ധമെന്ന് പറയുന്നത് താതാത്മ്യ സംബന്ധമാണ് സർവവും സർവത്തിനോടും താതാത്മ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം അതാണ് ഇവിടെ പറയുന്നതിൻ്റെ താല്പര്യം എന്താ വായു രണ്ട് ഗുണമുണ്ട് അങ്ങനെയൊക്കെ കരുതുന്നവരുണ്ട് ന്യായവൈശേഷികന്മാരും മറ്റുമൊക്കെ അങ്ങനെയാണ് ഒരു ഭേദത്തെ സ്വീകരിക്കുന്നു ഗുണം വേരെ ഗുണി വേറെ അതിനെ വേറിതിരിക്കാവുന്നവർ കരുതുന്നു ബുദ്ധി കൊണ്ട് വേർതിരിക്കുന്നു വസ്ത്രനിഷ്ഠമായി വേർതിരിക്കാൻ പറ്റത്തില്ല ബുദ്ധി കൊണ്ട് വിവേചിക്കുന്നു ഇവിടെ പറയുന്നത് ബുദ്ധി കൊണ്ടുപോലും വിവേചിക്കാൻ സാധ്യമല്ല എങ്ങനെ വിവേചിക്കുന്നു ഒന്ന് താതാൻപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് വിവേചിക്കുന്നു രണ്ടായി കാണാൻ കഴിയുമോ എന്നാലേ ബുദ്ധി കൊണ്ട് വിവേചിക്കാൻ പറ്റും ഇത് പറയാം ഇത് രാമൻ ഇത് കൃഷ്ണൻ രണ്ടുപേരെ വേർതിരിച്ച് കാണാം അവരുടെ നാമം രൂപം ആകൃതി എല്ലാം വേർതിരിക്കാം അതുപോലെ ഗുണവും ഗുണിയും വേർതിരിക്കാം ഇത് കടലാസ് ഇതെ ആകൃതി രണ്ടിനെയും രണ്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല വേർതിരിച്ച് കാണാൻ പറ്റില്ല അതുകൊണ്ട് പറയുന്നിവിടെ താതാത്മ്യമാണ് അപ്പോൾ ആ താതാത്മ്യ രൂപത്തിൽ അത് പ്രകടമായി പക്ഷേ അവിടെ എന്തു വരുന്നു ആ വായു തന്നെ രണ്ട് രൂപത്തിനും അനുഭവപ്പെടുന്നു ശബ്ദമായും സ്പർശമായും അതുകൊണ്ട് നമ്മൾ പറയുന്ന എന്താണ് വായുവിൽ ശബ്ദമുണ്ട് വായു ഇല്ലാത്തടത്ത് ശബ്ദമില്ല അതെല്ലാം നമ്മൾ പറയാറോ അനുഭവത്തിലും അങ്ങനെ വായുനെ മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ശബ്ദം കേൾക്കുന്നില്ല വായു ഇല്ലെങ്കിൽ ശബ്ദമില്ല എന്നെല്ലാം നമ്മൾ പറയുന്നു തത്വം അങ്ങനെയല്ല തത്വം വായു എന്താണ് ആ ശബ്ദസ്പർശങ്ങൾ താതാന്യപ്പെട്ടിരിക്കുന്ന ശബ്ദസ്പർശ തന്നെയാണ് ഇത്രേയുള്ളൂ ആകാശത്തിന് ശബ്ദരൂപത്തിലേ ഇരിക്കാൻ കഴിയുന്നുള്ളൂ വായുവിന് ശബ്ദസ്പർശ രൂപത്തിലിരിക്കാൻ കഴിയുന്നുള്ളൂ സംഭൂത വിദ്യ അനുവർത്തി സർവ്വത്രേ ഇതുപോലെ മനസ്സിലാക്കണം വായു സ്റ്റസ്യന രൂപ ഗുണേന പൂർവാഭ്യാമിച്ച ത്രിഗുണോ അഗ്നി സംഭവത്ത വായുവിൽ നിന്ന് അഗ്നി ഉണ്ടായി ഈ കാണുന്ന വായുവിൽ നിന്ന് ഈ കാണുന്ന അഗ്നി ഉണ്ടായെന്നല്ല പറയുന്നു മരിച്ചോ സൂക്ഷ്മതത്വമായ വായു വ്യാപകമായിരിക്കുന്ന വായു അത് മൂർത്തമല്ല അമൂർത്തമാണത് നമുക്ക് കാണത്തക്ക ഒരു അതിന്റെ സ്പർശത്തെയോ അതിന്റെ ശബ്ദത്തെയോ നമ്മുടെ ബാഹ്യമായ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള വായു വായുവ സേന രൂപഗുണേന പൂർവാഭ്യാം ചരിഗുണവും സ്വന്തമായ രൂപഗുണം കൊണ്ട് അഗ്നി സംഭൂത സേന രൂപഗുണേന അഗ്നി സംഭൂത ആ രൂപഗുണത്തോടുകൂടി രൂപമെന്ന് പറഞ്ഞാൽ അതിന്റെ ആകൃതി മുഖ്യമായ രൂപശബ്ദത്തിൻ്റെ അടുത്ത ആകൃതി എന്ന നിറത്തിനും പറയും രണ്ടും രൂപമാണ് അപ്പോൾ വായുവിന് ആകൃതിയില്ല അതിന് ദീർഘമെന്നോ വൃത്തമെന്നോ ചതുരമെന്നോ ഒന്നും പറയാൻ വേണ്ടി അഗ്നി എങ്ങനെയല്ല ആകൃതിയുണ്ട് അത് പല ആകൃതി അത് ചലിക്കുന്നുണ്ട് അതതിന്റെ സ്വന്തമാണ് സഹജമാണ് അതിന്റെ പ്രകൃതിയാണ് അത് അതിന്റെ പരമകാരണത്തിൽ നിന്ന് അതിന് കിട്ടിയതാണ് അല്ലെങ്കിൽ പരമകാരണം അതിന് നൽകിയതാണ് അഗ്നിയെ സൃഷ്ടിച്ചപ്പോൾ അതിനൊരു പ്രത്യേകതയോടുകൂടി സൃഷ്ടിച്ചു അതിന് ആത്മാവിൽ നിന്ന് കിട്ടിയതാണ് അത് ആത്മാവിനോട് താതാന്യപ്പെട്ടിരിക്കുന്നു പക്ഷേ കേവലമായ ആത്മാവിൽ നിന്നല്ല അത് കിട്ടിയത് ആകാശവായുക്കൾ താതാന്യപ്പെട്ടിരിക്കുന്ന ആത്മാവിനെ ആകാശവായുക്കൾ താതാന്യപ്പെട്ടിരിക്കുന്ന ആത്മാവിൽ നിന്ന് അഗ്നി ഉണ്ടായപ്പോൾ അതിന്റെ നിരഗുണമായ രൂപവും ആകാശവായുക്കളുടെ ശബ്ദവും സ്പർശവും കൂടി അങ്ങനെ അങ്ങനെ ഇത്ര ഗുണം ത്രികുണോ അഗ്നി സംഭൂത ത്രിഗുണമായ അഗ്നി ഉണ്ടായി അത് നമ്മളെ ദഹിപ്പിക്കുന്ന അഗ്നി സൂക്ഷ്മമാണ് അഗ്നി തത്വമാണ് അഗ്ന രസഗുണേന പൂർവേശ്ശാത്രിഭിരി ചതുഗുണാപഹസംഭൂത്താഹ അഗ്നിയിൽ നിന്ന് ജലമുണ്ടായി നമ്മൾ കാണുന്നുണ്ടോ അഗ്നിയിൽ നിന്ന് എവിടെയെങ്കിലും ജലമുണ്ടാകുന്നു ഇല്ല അഗ്നിയിൽ നിന്ന് അഗ്നി ഉണ്ടാകുന്ന കാണുന്നുണ്ടോ വായുവിൽ നിന്ന് അഗ്നി ഉണ്ടാകുന്നു കാണുന്നുണ്ടല്ല അഗ്നി വായു സഹായിക്കുന്ന കാണുന്നുണ്ട് പക്ഷെ വായുവിൽ നിന്ന് അഗ്നി അത് കാണുന്നുണ്ട് അഗ്നി പ്രകടമാകുന്നതും അഗ്നിയിൽ നിന്നാണ് അഗ്നി വളർന്ന് വലുതായി വരുന്നതാണ് കാണുന്നത് അങ്ങനെയുള്ള അഗ്നിയിൽ നിന്നെങ്ങനെ ജലമുണ്ടാകും മറിച്ച് അഗ്നിയെ നശിപ്പിക്കുന്നതായിട്ടാണ് ജലത്തെ അറിയുന്നത് ഓയി പറയുന്നതിന്റെ താൽപ്പര്യം അതല്ലല്ലോ സ്ഥൂലമായ അഗ്നിയും വയവുമല്ല സൂക്ഷ്മമായ അഗ്നിതത്വം എന്താ തിരിച്ചു പറഞ്ഞുകൂടി ജലത്തിന്ന് അഗ്നിയിൽ നിന്ന് ജലമുണ്ടായി ജലത്തിൽ നിന്ന് അഗ്നി ഉണ്ടായി അങ്ങനെ പറയാൻ പറ്റുന്നില്ല അഗ്നിയിൽ നിന്ന് വായുണ്ടായി എന്ന് പറയാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് തിരിച്ച് പറയാൻ കഴിയാത്തത് ഇതിൻ്റെ സ്വഭാവ വ്യത്യാസം കൊണ്ടാണ് അഗ്നിയിൽ കാണാത്ത സ്വഭാവം അത് ജലത്തിൽ കാണുന്നു അഗ്നിയിൽ രസമുണ്ട് ജലത്തിൽ രസമുണ്ട് എന്നാൽ അഗ്നിയിലുള്ള സർവവും ജലത്തിനും കാണുന്നുണ്ട് അഗ്നിയിലില്ലാത്ത ഒന്നുകൂടി കാണുന്നുണ്ട് അതാണ് രസം അത് ജലത്തിന്റെ സ്വന്തമാണ് അതിന്റെ സ്വഭാവമാണ് അത് ജലത്തിന്റെ സ്വഭാവമാണെങ്കിൽ തീർച്ചയായും അതിലും നല്ല അഗ്നി കാരണം അഗ്നിയിൽ സ്വഭാവമില്ല മറിച്ച് അത് അഗ്നി നിന്നുണ്ടായത് തന്നെയാണ് എന്തുകൊണ്ട് അഗ്നിയുടെ സ്വഭാവങ്ങൾ അതിൽ അനുവർത്തിക്കുന്നുണ്ട് അഗ്നിയുടെ ശബ്ദവും അഗ്നിസ്പർശമുണ്ട് ശബ്ദമുണ്ട് രൂപമുണ്ട് അത് മൂന്നും ഇതിലേക്ക് അനുവർത്തിക്കുന്നു അതുകൊണ്ട് പറയുന്നു ചതുർഗുണാപ സംഭൂത നാല് ഗുണമുള്ള ജലമുണ്ടായിന സ്വയന രസഗുണേന ജലത്തിന്റെ സ്വന്തമായ രസഗുണം പിന്നെ അഗ്നി അഗ്നിയിൽ നിന്നും ഉണ്ടായി എങ്ങനെ പൂർവൈശ്വത്ര പൂർവത്തിലെ മൂന്ന് ഗുണങ്ങൾ അഗ്നിയുടെ മൂന്ന് ഗുണങ്ങൾ ശബ്ദസ്പർശ രൂപം അതുകൊണ്ട് ആപ ജലം ഉണ്ടായിനോട് താതാമ്യപ്പെട്ടിരിക്കുന്നു ആകാശ വായു അഗ്നി ഇത് മൂന്നും താതാന്മ്യപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ താതമ്യപ്പെട്ടിരിക്കുന്ന ആ താതാന്മ്യപ്പെട്ട അഗ്നിയിൽ നിന്നും അടുത്ത ജനമുണ്ടായി അത് അഗ്നിയിൽ നിന്നും മാത്രമല്ല ആകാശത്തു നിന്നും വായു നിന്നും കൂടെ ഉണ്ടായത് അതുകൊണ്ടാണ് അതിൻ്റെ ഗുണഗുണനക്ക് വന്നത് പക്ഷെ അവിടെ പ്രാധാന്യം അഗ്നിക്ക് അങ്ങനുണ്ടായി അതിന്റെ സ്വന്ത ഗുണമായ രസവും അതിനൊന്നും അഭ്യന ഗന്ധഗുണേന പൂർവീ ചതുർന ഗന്ധഗുണേന പൃഥിവി സംഭവ തന്റെ ഗന്ധഗുണത്തോടുകൂടി പൃഥിടെ ഗന്ധഗുണമാണ് ബന്ധമെന്ന് പറയുന്നത് പൃഥ്വിയുടെ സ്വഭാവമാണ് എന്നർത്ഥം സുഗന്ധം ദുർഗന്ധം അതങ്ങനെ പറയും പറയും ഇവിടെ സുഗന്ധം വായുവിലുണ്ടല്ലോ ജലത്തിലുണ്ടല്ലോ പൃഥിവിയുടെ ഗുണമെന്നെങ്ങനെ പറയാൻ പറ്റും നേരത്തെ പറഞ്ഞല്ലോ നമ്മളനുഭവിക്കുന്ന ബാഹ്യമായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്ന ജലത്തെക്കുറിച്ചോ അഗ്നിയെ കുറിച്ചോ ഭൂമിയെ കുറിച്ചോ ഒന്നും അല്ല ഇവിടെ പറയുന്നു അതാണെന്ന് ധരിച്ചാൽ ഈ ആശയക്കുഴപ്പം വരും അതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നു ഇവിടെ പറയുന്ന എന്താണോ സൂക്ഷ്മമായ ഒന്നോ സൂക്ഷ്മ തത്വം എന്ന് പറയും യോഗശാസ്ത്രത്തിന് മറ്റതിന് പേര് പറയുന്നു തന്മാത്ര എന്ന് പറയും ഇവിടെ തത്വമെന്ന് പറയും അസൂക്ഷ്മ തത്വമായ ജലത്തിൽ നിന്നും ഗന്ധസ്വഭാവത്തോടുകൂടിയ പ്രതിഭയുണ്ടായി അതുവരെയ്ക്കൊന്ന് സംഭവിച്ചു ആകാശ വായു അഗ്നി ജലം ഇതെല്ലാം ആത്മാവിനോട് താതാന്യപ്പെട്ടു എന്നാൽ താതാത്മ്യമായി സൃഷ്ടി സംഭവിച്ചു നടത്തും അപ്പൊ സൃഷ്ടിയിലൊരു വൈചിത്യം വേണോ അത് നാനാത്വം ആ നാനാത്വത്തിനു വേണ്ടി ആ സൃഷ്ടിയിൽ ഓരോന്നിനും ഓരോ സ്വഭാവമുണ്ട് അഗ്നി ഉഷ്ണമായും ജലം ശീതമായും ഉണ്ട് കാരണം ഏകമായത് പലതായാലും സൃഷ്ടി സംഭവിക്കും തത്വത്തിനതിന് പലതാകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഗുണങ്ങളിലൂടെ അത് പലതായി അതിനാണ് ശബ്ദസ്പർശരൂപരസഗന്ധം എന്ന് പറയുന്നത് അപ്പോൾ ഈ ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളോടുകൂടി ഓരോ സവിശേഷതകളോടുകൂടി സൃഷ്ടി സംഭവിച്ചു ആത്മാവിൽ നിന്നും സൃഷ്ടി സംഭവിച്ചു എങ്ങനെയുള്ള ആത്മാവിൽ നിന്ന് ബ്രഹ്മണ ആത്മനഹ ഈ സൂക്ഷ്മമായിരിക്കുന്ന വ്യാപകമായിരിക്കുന്ന ഈ സൃഷ്ടിയേക്കാളും വ്യാപകമായിരിക്കുന്ന ബൃഹത്തായിരിക്കുന്ന എന്നാൽ ആത്മാവായിരിക്കുന്നു എന്തിന്റെ സൃഷ്ടിയുടെ ആത്മാവായിരിക്കുന്നു ആത്മാവെന്ന് പറയുന്നതാണ് സൃഷ്ടിയുടെ ആത്മാവ് സൃഷ്ടിയുടെ ആത്മാവെന്ന് പറയുന്നത് എന്തുകൊണ്ട് പറഞ്ഞു സൃഷ്ടി ഇതിനോട് താതർമ്യപ്പെട്ടിരിക്കുന്നു വേർ പിരിക്കാൻ കഴിയാതിരിക്കുന്നു ഈ പുസ്തകത്തിൽ നിന്ന് ഈ പേപ്പറിൽ നിന്ന് അതിൻ്റെ ആകൃതിയും നമുക്ക് വെറുതിരിക്കാം എന്തുകൊണ്ട് അത് അതിൻ്റെ ആത്മാവാണ് അതുകൊണ്ട് അതിന് വെറുതിരിക്കാൻ കഴിയാത്ത അതിൻ്റെ സ്വരൂപമാണ് അതിന്ന് വേറിട്ടൊന്നല്ല വേറിട്ടൊന്നാണെങ്കിൽ കഴിയാം ഇതിനൊരു കറ പറ്റിന്നിരിക്കട്ടെ സഹജമല്ലാത്ത മറ്റൊരു വർണ്ണ ഇതിലേക്ക് വന്നിരിക്കട്ടെ അതിനെ നമുക്ക് മാറ്റാം കഴിയാ പക്ഷെ സഹജമായ മാറ്റാൻ കഴിയില്ല അതുപോലെ സഹജമായ ഗുണത്തോടുകൂടി ആണത് പ്രകടമായത് അങ്ങനെ ഓരോന്നിനും ഓരോ വിശേഷതകളോടുകൂടി പ്രകടമായതുകൊണ്ട് സൃഷ്ടി നാനാത്വമാണ് സൃഷ്ടി ശബ്ദസ്പർശ രൂപരസന്ധാർന്നതുമായി തന്നെ അങ്ങനെ ആകുമ്പോഴും എന്താണ് അത് ആ അതിന്റെ സ്വരൂപത്തിൽ നിന്നത് വേറെയല്ല അതിന്റെ ആത്മാവിൽ നിന്നത് വേറെയല്ല ഒന്നിനും അതിന്റെ ആത്മാവിൽ നിന്ന് വേറെയാകാൻ കഴിയത്തില്ല ജലത്തിന് രസത്തിൽ നിന്ന് വേറെ ആകാൻ പറ്റത്തില്ല പൃഥ്വിക്ക് ഗന്ധത്തിൽ നിന്ന് മാറാൻ പറ്റത്തില്ല അതൊക്കെയാണെങ്കിലോ അത് ആ സൃഷ്ടികർത്താവിൽ നിന്ന് വേറെ തിരിയാൻ വയ്യാത്തതാണ് അതിനോട് താതത്മ്യത്തിൽ ഇരിക്കുകയാണ് അതുകൂടെ പറയുന്നതിവിടെ ജീവാത്മ പരമാത്മ ഏകത്വത്തെ ബോധിപ്പിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് ഈ സൃഷ്ടി തത്വത്തോടെ വിശദീകരിക്കുന്നത് ഇതൊരു വസ്തുതാപരമായ വിവരണമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്യും വസ്തുതാപരമായ വിവരണം എന്ന് പറയുമ്പോൾ ആദി ഭൗതികമായ വിവരണമുണ്ടായിരുന്നു മനസ്സിലെന്താണ് തത്വപരമായ ഒരു നിരൂപണമാണ് അത് ആധ്യാത്മികമാണ് അതിന് വസ്തുനിഷ്ഠമായി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കരുത് വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുമ്പോൾ എന്താണോ അത് ആതിഭൗതികമായി എങ്ങനെ ഇവിടെ ഒരു സൃഷ്ടി ഉണ്ടായി ആ സൃഷ്ടിക്കൊരു കാരണമുണ്ട് ആ സൃഷ്ടി ഇന്ന ഇന്ന തരത്തിലൊക്കെയാണ് ഉണ്ടായത് നിന്ന് ഇന്നതുണ്ടായി ആകാശത്തിൽ നിന്ന് വായുവുണ്ടായി അങ്ങനെ ഒരു സഷക്രമം ഉണ്ടായി അങ്ങനെയൊക്കെ മനസ്സിലാകുമ്പോൾ അതിനകത്ത് ഒരുപാട് പൊരുത്തക്കേടുകളും നമുക്ക് അംഗീകരിക്കേണ്ടി വരും അങ്ങനെ കുരങ്ങനെ നിന്നും മനുഷ്യനുണ്ടായി എന്ന് പറയുമ്പോൾ അത് വസ്തുനിഷ്ഠമായ പഠനത്തിൽ ഇത്തരം തകരാറുകൾ പറ്റും ഇവിടെ കേവലം തത്വത്തെ ബോധിപ്പിക്കുകയാണ് ഈ സൃഷ്ടി ഇങ്ങനൊരു സൃഷ്ടിയെ ഇതെങ്ങനെ ഇതാര് കണ്ടുപിടിച്ചു എന്ന് ഏത് ശാസ്ത്രജ്ഞനാണോ കണ്ടുപിടിച്ചത് എന്ത് പരീക്ഷണമാണോ നടത്തിയത് ഇത് അങ്ങനെ ഒരു പരീക്ഷണത്തിലൂടെയും കണ്ടുപിടിച്ചല്ല ഇത് കേവലം തത്വനിർണ്ണയമാണ് തത്വനിർണ്ണയെന്ന് പറയുമ്പം വസ്തുവിനെ വസ്തു സ്വഭാവത്തെ അപേക്ഷിക്കാതെയുള്ള തത്വനിർണ്ണയം അതാണ് ആദ്യ ഭൗതികത്തിൽ അങ്ങനെയല്ല വസ്തു സ്വഭാവത്തെ വസ്തുവിന്റെ സവിശേഷതകളെ അല്ലെങ്കിൽ ഇവിടെ പറയുന്ന വസ്തുവിന്റെ ഗുണങ്ങളെ ശബ്ദം സ്പർശം രൂപം രസം എന്നിങ്ങനെ പറഞ്ഞു പോകുന്ന വസ്തു സവിശേഷതകളെ ആശ്രയിച്ചുള്ള വസ്തുനിഷ്ഠമായ പഠനങ്ങളാണ് നടക്കുന്നത് അവിടുത്തെ കണ്ടെത്തലുകളും അതുപോലെ തന്നെയായിരിക്കും അതിന് ബാഹ്യമായ ഒരുപാട് വസ്തുക്കളെ ആശ്രയിക്കേണ്ടി വരും അതുകൊണ്ടാണ് വസ്തുനിഷ്ഠമെന്ന് പറയുന്നത് ഇവിടെ ഒന്നിനെയും ഒരു വസ്തുവിനെ ആശ്രയിക്കുന്നു ഇത് കേവലം തത്വത്വം മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ ഉപകരണം ഉണ്ടെന്ന് ആവശ്യമുള്ളൂ തത്വത്തെ എങ്ങനെ ആശ്രയിക്കുന്നു തത്വത്തെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മനനം അതുമാത്രം ഏകാഗ്രമായ മനനം അതുകൊണ്ടാണ് മനന തത്ത്വസ്തെന്ന് പറയുന്നത് തപസ്സിന് മനനവും നിലനിർത്തുന്നുണ്ട് ഏകാഗ്രമായ മനനത്തിലൂടെ കണ്ടെത്തിയതാണ് ആ തത്വത്തിൻ്റെ സാക്ഷാത്കാരമാണ് അത്തരം തത്വങ്ങളുടെ സാക്ഷാത്കാരമാണ് അത് വ്യക്തിനിഷ്ഠമാണ് ആദ്യഭൗതികമായ അന്വേഷണങ്ങൾ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്നത് അത് കേവലൊരു വ്യക്തി നിഷ്ഠമായ തലം മാത്രമല്ല ഉള്ളൂ അത് ഭൗതികമാണെന്ന് വെച്ച് ഭൂതങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതാണ് അത് സാർവത്രികമാണ് ഇതിനെ നമുക്കങ്ങനെ സാർവത്രികമാക്കാൻ പറ്റത്തില്ല ആത്മനിഷ്ഠമായ മനനം അതെന്നും ആത്മനിഷ്ഠമായി തന്നെ ഇരിക്കും നമുക്ക് കണ്ടുപിടിച്ച് വിതരണം ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ വൈദ്യുതി കണ്ടുപിടിച്ച് അതിനെ വിതരണം ചെയ്യുന്നു അത് സാർവത്രിമാക്കാൻ പറ്റുന്നു എന്താണ് അതെല്ലാം ആദ്യഭൗതികമായ പഠനങ്ങളാണ് അതിൻ്റെ ഫലങ്ങളാണ് അത് അറിയാത്തവനായാലും അറിയുന്നവനായാലും അതിൽ തൊട്ടാ ഷോക്കടിക്കും അതിനെ ശാസ്ത്രമൊന്നും നമ്മൾ അറിഞ്ഞിരിക്കണമെന്നില്ല അത് ആദ്യഭൗതികത്തിൻ്റെ ഉദാഹരണത്തിലൂടെ ആദ്യ ഭൗതികത്തിന്റെ എല്ലാ സവിശേഷതകളും നമുക്ക് മനസ്സിലാക്കാം അത് മനനത്തിലൂടെ വെളിപ്പെടുന്നതല്ല മനനാവശ്യമാണ് പക്ഷെ അതുകൊണ്ട് മാത്രം അത് വെളിപ്പെടുത്തല്ല അതിനുപയോഗിക്കാൻ പറ്റത്തില്ല ഇതങ്ങനെയല്ല ഇത് കേവലം തപസ് മാത്രം ഇതിനെ നമുക്ക് വിതരണം ചെയ്യാൻ ഒക്കത്തില്ല ഇതിന് ഭൗതികവുമായി ഒരു ബന്ധമില്ലാതെ ആദിഭികം കേവലം ആത്മനിഷ്ഠമാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ആധ്യാത്മികവും ആദിഭൗതികവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ സയൻസ് എന്ന് പറയുന്നത് ആദിഭൗതികത്തെയാണ് ആധ്യാത്മികത്തെ നമ്മൾ പറയുന്നത് തത്വം അങ്ങനെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് തത്വം മറ്റൊന്ന് ശാസ്ത്രം അതിനാണ് ഇവിടെ വിശദമാകുന്നത് അത് ഏകാഗ്രമായ മനനത്തിലൂടെ ഒരു വ്യക്തിയുടെ സാക്ഷാത്കാരമായി വരുന്നു കേവല അനുഭവത്തിൽ മാത്രം വരുന്നു അതിനപ്പുറം അതിന് അത് ഭൗതികമല്ല ഭൂതങ്ങളിൽ നിന്നും ഉണ്ടായതല്ല അതുകൊണ്ട് അതിന് ഭൗതികമായ ഒരു സ്ഥാനവും അതിനു വിതരണം ചെയ്യാനൊക്കത്തില്ല സാക്ഷാത്കരിക്കാനേ പറ്റും അത് മനനം ചെയ്യുന്നവന് സാക്ഷാത്കരിക്കും മറ്റുള്ളവനും സാധ്യമല്ല കരണ്ട് അങ്ങനെയല്ല കണ്ടുപിടിച്ചവനെയും അടിക്കും കണ്ടുപിടിക്കാത്തവനെയും അടിക്കും എല്ലാവരെയും അത് സ്പർശിക്കും ഇതങ്ങനെയല്ല ഇത് ഈ തത്വമാണ് അതുകൊണ്ടത് സാക്ഷാത്കരിക്കുന്നവൻ മാത്രമേ ഉള്ളൂ അല്ലാത്തവൻ അജ്ഞ മറിച്ചാണെങ്കിലോ ജ്ഞാനി എന്ന് വേർതിരിക്കുന്നു കരണ്ടനുസംബന്ധിച്ച് അങ്ങനെയുണ്ടോ അവിടെ ജ്ഞാനിയോ അജ്ഞാനിയോ ഒന്നുമില്ല തൊട്ടാലുടൻ ഷോക്ക് അതാണ് ആദ്യ ഭൗതികം അതിൽ നിന്ന് ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കുന്നതാണ് എന്റെ പ്രതീക്ഷ അതുകൊണ്ട് ഇതിനെ ഭൗതികമായി കണ്ടത് ആകാശം വായു അഗ്നി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭൗതികമേ നമ്മുടെ മുമ്പിലുള്ള ഭൗതികമേ നമുക്ക് മനസ്സിലാവും അതെല്ലാം ഈ ആത്മാവിൽ നിന്നുണ്ടായി ഞാനാണ് ഇതിനെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നും ഒരു സ്റ്റേജിനും കയറി വീമ്പളക്കിക്കളായിരുന്നു എന്തു പറഞ്ഞാലും ജനം അംഗീകരിക്കും പക്ഷെ ധൈര്യപ്പെട്ടത് അധ്യാസേന ഗന്ധഗുണേന പൂർവീഹി ചതുർഭി പഞ്ചഗുണ പൃഥിവിഭൂത അങ്ങനെ സംഭവിച്ചു ഇതാണ് താത്വികമായ സൃഷ്ടി ഇതിൽ നിന്ന് പിന്നീട് നമ്മളീ കാണുന്ന പഞ്ചഭൂതങ്ങളുണ്ടായി അതിനെ കുറിച്ച് ഇവിടെ അല്ല ചാന്തോഗ്യത്തിനും മറ്റും എങ്ങനെ പിന്നീടുള്ള സൃഷ്ടി സംഭവിച്ചത് പറയുന്നത് ത്രിപുടം ത്രിപുടം ഏകൈകം കരവാണി എന്നെല്ലാം പറയുന്ന മന്ത്രങ്ങളിലത് വിശദീകരിക്കുന്നു ത്രിവുക്കരണം പഞ്ചീകരണം എന്നെല്ലാം ഉള്ള സാങ്കേതികമായി പറയുന്നു അതിന് അത്രേ താല്പര്യമുള്ളത് എന്താണോ അത് ആത്മതാതാത്മ്യമായി ഓരോ സ്വഭാവവിശേഷങ്ങളും പ്രകടമായപ്പോൾ ഇവയ്ക്ക് പരസ്പര ഒരു ബന്ധമാണ് ഈ പരസ്പര ബന്ധത്തെയാണല്ലോ നമ്മൾ സൃഷ്ടി എന്ന് പറയുന്നത് ഒന്ന് മറ്റൊന്നിനോട് ചേർന്നാൽ അവിടെ സൃഷ്ടി ആരംഭിക്കുന്നു അതും വിരുദ്ധമായ സ്വഭാവം ഗുണമുള്ളത് ഇത് അങ്ങനെ വിരുദ്ധമായ സ്വഭാവമുള്ള ഒന്ന് ഉഷ്ണമാണെങ്കിൽ മറ്റൊന്ന് ശീലം അങ്ങനെ സ്വഭാവമുള്ള ഈ തത്വങ്ങൾ കൂടിക്കള്ളും സ്ഥൂലഭൂതങ്ങളുണ്ടായി ആ സ്ഥൂലഭൂതങ്ങളിൽ നിന്ന് പിന്നീട് എന്തായി പൃഥിവി ഓഷധയമായി പൃഥിവി ആ പൃഥിവിയിൽ നിന്ന് ഓഷധയ സസ്യങ്ങളെല്ലാം ഉണ്ടായി വനസ്പതികളും ഓഷധികളും ഫലം കൊണ്ട് നശിക്കുന്നതും ഫലം കൊണ്ട് നശിക്കാത്തതും രണ്ട് കൂട്ടത്തിൽ പ്രധാനമായും രണ്ടു തരത്തിലാണ് സസ്യങ്ങളെ പറയുന്നത് ഫലമൊന്നും നശിച്ചു പോകുന്നു നെല്ല് വാഴ എന്നെല്ലാം അങ്ങനെ നശിക്കാത്തത് പ്ലാവ് മാവ് ഇത്തരത്തിലുള്ള രണ്ടു തരത്തിൽ വനസ്പതികളും ഓഷധികളും ഉണ്ടായി ഓഷ അപ്പോഴേക്കും എന്തു ചെയ്തോ ഇവിടെ പുരുഷനും കഴിഞ്ഞു അതായത് പുരത്തിൽ വസിക്കുന്ന പുരുഷൻ അവനും വന്നു അവനു വേണ്ടി എന്തു ചെയ്തു ഓഷധീധ്യോ അന്നം നിന്നും സസ്യങ്ങളിൽ നിന്നും അന്നമുണ്ടായി പുരുഷന് ഭുജിക്കുന്നതിനുള്ള അന്നമുണ്ടായി ബാക്കിയെല്ലാം അവിടെ മനസ്സിലാക്കിക്കോ പഞ്ചഭൂതങ്ങളുണ്ടായി അതുവരെ ആ സൂക്ഷ്മം തോട് അനന്യമായിരുന്നു ആ ചൈതന്യം അപ്പം ആ സൂക്ഷ്മ ഭൂതങ്ങളെല്ലാം പരസ്പരം കൂടിച്ചേർന്ന് സ്ഥൂലമായി സ്ഥൂലമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സൃഷ്ടിക്കും അതിനകത്ത് വിട്ടുമാറാൻ കഴിയില്ല അതുകൊണ്ട് അതും അതിനോട് അനന്യമായി സ്ഥൂലത്തോട് അനന്യമായി അന്നം ആ സ്ഥൂലത്തിൽ അന്നമുണ്ടായി അതിൽ നിന്ന് ശരീരമുണ്ടായി ഇത് അനാദിയാണ് ആദ്യം അന്നമാണോ രണ്ടാമത് ശരീരമാണോ അതിന് ഒരു തുടക്കമില്ല ഒരിടത്തു നിന്നും തുടങ്ങിയതല്ല വിത്താണോ വിക്ഷമാണോ എന്ന് ചോദിക്കുന്ന പോലെയാണ് അതിനൊരു തുടക്കമില്ല വിത്തുണ്ടായി മിക്ഷം വിക്ഷത്തിൽ നിന്ന് വീണ്ടും വിത്ത് ഇത് അനാദിയായി പോയിക്കൊണ്ടിരിക്കുകയാണ് ആരംഭം ഇല്ലാതെ അതുകൊണ്ട് എന്ത് ചെയ്തു അന്നവും ഉണ്ടായി അന്നത്തിൽ നിന്ന് ശരീരമുണ്ടായി ശരീരം വീണ്ടും അന്നമായി അടുത്ത് വീണ്ടും പറയും ശരീരം തന്നെ അന്നമായി മാറും അന്നം എന്ന് പറയുമ്പം ഈ ശരീരം ഒഴുകി ബാക്കി നമ്മൾ ഭക്ഷിക്കുന്ന മാങ്ങയും ചക്കയും ഒക്കെയാണെന്ന് ധരിക്കരുത് ഇതും അന്നമാണ് അപ്പം അന്നത്തിൽ നിന്ന് ശരീരം ഉണ്ടായി എന്ന് പറയുമ്പോൾ സർവത്തെയും അന്നമായിട്ടെടുക്കും ആൻ്റെ രസത്തിന്ന് ശരീരം ഉണ്ടാകും അതിൽ മനുഷ്യന്റെ ശരീരം എന്ന് പറയുമ്പോൾ ഇതിനെടുക്കാം ഈ മനുഷ്യന്റെ ശരീരം തന്നെ എത്രയോ ജീവികൾക്ക് അന്നമാണ് അപ്പോ അവയെ സംബന്ധിച്ചത് ശരീരമല്ല അന്നമാണ് എത്രയോ ശരീരങ്ങൾ മനുഷ്യന് അന്നമായി ശരീരമല്ല സസ്യങ്ങളും മറ്റും മനുഷ്യനെ സംബന്ധിച്ച് അന്നമാണ് പക്ഷെ മനസ്സിൽ നിന്ന് ശരീരമെന്ന് പറയുന്നത് അപ്പോൾ എല്ലാ അന്നവും ശരീരമാണ് എല്ലാ ശരീരങ്ങളും അന്നമാണ് ഇത് പരസ്പരം ഇങ്ങനെ കെട്ടുപിണഞ്ഞിരിക്കുകയാണ് ആ അതിൽ സംഭവിക്കുന്ന കാര്യമാണ് പറയുന്നത് അന്നത്തിൽ നിന്ന് അന്നരസം അതാണ് അന്നതിരേതോ രൂപേണ പരിണത അന്നത്തിൽ നിന്ന് അന്നരസമുണ്ടായി അന്നം ഭക്ഷിക്കുമ്പോൾ അതിന് പല പരിണാമങ്ങൾ വരുന്നു അതിൽ നിന്ന് പുരുഷനിൽ രേതസ് ഉണ്ടാകുന്നു അതിൽ നിന്നെന്ത് ചെയ്തു പുരുഷപ്രാണ്യാജ്യാകൃതിമാൻ മനുഷ്യ ശരീരമുണ്ടായി ഇത് പറയുന്നത് എല്ലാ പ്രാണികളിലും ഇതിങ്ങനെ സംഭവിക്കുന്നു എല്ലാ പ്രാണികളും അന്നം ഭക്ഷിക്കുന്നു അന്നത്തിൽ നിന്നും അന്നരസം ശരീരത്തിൽ അന്നത്തിന്റെ വിഭാഗം സംഭവിക്കുന്നു അവിടെ നിന്ന് രേതസ്സുണ്ടാകുന്നു അവിടെ നിന്ന് മറ്റൊരു ശരീരം ഉണ്ടാകുന്നു എന്താണ് ശിരപ്രാണ്യാധ്യാകൃതിമാൺ അവിടെ പുരുഷൻ എന്ന് പറയുമ്പോൾ ശിരസ് പാണി തുടങ്ങി ആകൃതികളോടുകൂടിയ ഓരോ ജീവിയുടെയും ആകൃതികളോടുകൂടിയ സ്വായേശ പുരുഷോ അന്നരസമയോ അന്നരസവികാര അതുകൊണ്ടാണ് പറയുന്നത് ഈ പുരുഷൻ ഈ ശരീരത്തോടു കൂടിയവൻ അതിൽ പ്രധാനം മനുഷ്യ ശരീരം അതുപോലെ പക്ഷി മൃഗാദികളുടെ എല്ലാം ശരീരം അതെല്ലാം എന്താണോ അവർ കഴിച്ച അന്നരസമയമാണ് അന്നരസ വികാരമോ അതിന്റെ പരിണാമമാണോ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഈ മനുഷ്യ സൃഷ്ടി വരെ എങ്ങനെ എത്തിച്ചേർന്നു അതിനെക്കുറിച്ച് ഇവിടെ വളരെ സ്ഥൂലമായി പറയുന്നു മനുഷ്യന് പ്രത്യക്ഷമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു ഇതിനല്ല പ്രാധാന്യം പ്രാധാന്യം എന്ന് പറയുന്ന കൂടെ ഈ പുരുഷനും ആകൃതിമാനായ പുരുഷൻ ഇതിനെ നമ്മളുടെ ബന്ധത്തെ പറയുകയാണ് ഇതങ്ങനെ സംഭവിച്ചു ഇതപെടും തുടങ്ങി നമ്മൾ പുരുഷനെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തോടു കൂടിയിരിക്കുന്നത് ഇത് പുരുഷനാണെന്ന് പറയുന്നു സ്ത്രീയായാലും പുരുഷനായാലും രണ്ടിനും ചേർത്താലും ഇവിടെ പുരുഷ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു പിതാവിൽ നിന്ന് ജനിക്കുന്നതെല്ലാം പുരുഷൻ അത് മനുഷ്യനായാലും പക്ഷിയായാലും മൃഗമായാലും സന്താനങ്ങളെല്ലാം ഇവിടെ പുരുഷനെന്ന് പറയുന്നു അതാണ് ശിരപ്രാണി ശിരസ് പാണി ഇത് പുരുഷൻ ആണിന് മാത്രമല്ല പെണ്ണിനും ഉണ്ട് അപ്പൊ അങ്ങനെ ആകൃതികളോടുകൂടിയ ആ സൃഷ്ടി അതെന്താണ് അന്നരസമയമാണ് അന്നരസവികാരമാണ് ഈ സൃഷ്ടി ഇതിൽ എന്നോട് താതാന്മ്യപ്പെട്ടിരിക്കുന്നതാണ് വാസ്തവ പുരുഷൻ ആ പുരുഷനോ അത് അങ്ങനെയാണ് ഇവിടെ ബ്രഹ്മവിധാപിനോദി പരം എന്നിടത്ത് ബ്രഹ്മശബ്ദം കൊണ്ട് പറഞ്ഞത് അപ്പോൾ ഇതിന്റെ ബന്ധത്തെ കാണിക്കുകയാണ് ആ പുരുഷനും ഈ ആത്മാവും ഇന്നീ കാണുന്ന പുരുഷന്മാരും തമ്മിലുള്ള ബന്ധം അല്ല ഇവിടെ നമ്മളെ സയൻസൊന്നും പഠിപ്പിക്കല്ല ഇതൊക്കെ വളരെ സ്ഥൂലമായ പ്രത്യക്ഷ ദിഷ്ടമായ കാര്യങ്ങളെ പറയുകയാണ് താല്പര്യം ഈ രണ്ട് പുരുഷന്മാരും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കുക നമ്മൾ ധരിച്ചിരിക്കുന്നു ആ ഞാൻ ഈ ശരീരം ഈ ഞാനാണ് പുരുഷൻ എന്നെയാണ് സൃഷ്ടിച്ചത് ഞാനാണ് സൃഷ്ടിക്കപ്പെട്ടത് ഇങ്ങനെ കരുതുന്നു ഇവിടെ എന്താണ് സൃഷ്ടിക്കപ്പെട്ടത് സ്ഥിരപാണിയാകി ആകൃതിയോടുകൂടിയ ഒരു പിണ്ടത്തെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതും പുരുഷനാണ് പക്ഷെ പരമാർത്ഥ പുരുഷനല്ല പുരുഷാകൃതി ഭാവിതം ഹി സർവേഭ്യോ അംഗേഭ്യെ തേജസ്സംഭൂതം രേതോ ബീജം തസ്മാതിയോ ജാതേ സോപി തഥാ പുരുഷാകൃതിരേവസ്യ ഈ പുരുഷാകൃതിയോടുകൂടിയ ഉണ്ടല്ലോ എല്ലാ ജീവജാലങ്ങളിലും വരുന്ന ഈ സന്താനങ്ങൾ സന്തതി പരമ്പര ഈ ഓരോ സന്തതി പരമ്പരയാണ് ഇവിടെ പറയുന്നത് പുരുഷാകൃതി അതായത് മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന മനുഷ്യസന്ധതികൾ മൃഗങ്ങളിൽ നിന്നുണ്ടാകുന്ന മൃഗസന്തതികൾ പക്ഷികളിൽ പക്ഷി സന്തതികൾ അതാണ് പുരുഷാകൃതി ഭവിച്ചു ഇതെങ്ങനെ ഭവിച്ചോ പറയുന്നു സർവേഭ്യോ അങ്കേഭ്യത്തെ ജഗസംഭൂതം ഈ ഓരോ സന്താന സൃഷ്ടിക്കും കാരണമായിരിക്കുന്ന േതസ് തസ്മാത് യോ ഇതിനെല്ലാം ബീജം അതെങ്ങനെയാണ് ഒരു ശരീരത്തിൽ നിന്നുണ്ടായത് ഒരു ശരീരത്തിന്റെ സർവ്വ അംഗങ്ങളുടെയും സാരമാണ് അതിൽ നിന്നുണ്ടാകുന്ന സൃഷ്ടിയും ആ ശരീരം പോലെ തന്നെ വരുന്നു മനുഷ്യ ശരീരത്തിൽ നിന്നും മനുഷ്യനെയും ഉണ്ടാകുന്നു മൃഗങ്ങളിൽ നിന്നും മൃഗമേ ഉണ്ടാകുന്നു പക്ഷികളിൽ നിന്നും പക്ഷികളെ ഉണ്ടാകും മറ്റൊന്നും ഉണ്ടാകത്തില്ല കുരങ്ങനെ നിന്നും മനുഷ്യനുണ്ടായാൽ തീർച്ചയായും മനുഷ്യരിൽ നിന്നും കുരങ്ങനും ഉണ്ടാകും കാരണം നിയമം മാറിക്കഴിഞ്ഞു ഇവിടത്തെന്താണ് നിയമം ഏതൊരു ആകൃതിയിൽ നിന്നാണോ സന്താനം ഉണ്ടാകുന്നത് ആ രൂപത്തിലേ ഉണ്ടാകാൻ പറ്റും എന്തുകൊണ്ട് അതിന് കാരണമായിരിക്കുന്ന ബീജം ആ ശരീരത്തിന്റെ സർവ്വ അംഗങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതാണ് സോവി തഥാ പുരുഷാകൃതി പുരുഷൻ എന്ന് വെച്ചാൽ ഇവിടെ ആണെന്നുള്ള അർത്ഥം എടുക്കരുത് ഏതിൽ നിന്നാണോ സൃഷ്ടിയുണ്ടായ അതിന് പുരുഷൻ എന്ന് പറയുന്നു അതിൽ നിന്നുണ്ടാകുന്ന സന്താനങ്ങൾ അതെല്ലാം പുരുഷാകൃതിയാണ് സർവജാതിഷു അത് വ്യക്തമാക്കുന്നു ജായമാനാനാം ജനതാകൃതി നിയമദർശന സർവജാതികളിൽ നിന്നും സർവജാതി എന്ന് പറയുമ്പോൾ എന്താണ് മനുഷ്യജാതി മൃഗജാതി പക്ഷിജാതി ഇങ്ങനെയുള്ള ഏത് ജാതികളിൽ ജനിച്ചാലും ജനകാകൃതി പിതാവിന്റെ ആകൃതി എന്നുവെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്ന മാതാപിതാക്കളുടെ ആകൃതിയിലേ ജനിക്കത്തുള്ളൂ അങ്ങനെ നിയമം കാണുന്നുണ്ട് ആ നിയമത്തിന് വ്യവസ്ഥയില്ലെന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തിൽ നിന്നും എന്തോ ഉണ്ടാവും മനുഷ്യരിൽ നിന്നും മൃഗമുണ്ടാവും മൃഗത്തിൽ നിന്ന് പക്ഷികളുണ്ടാവും പക്ഷിയിൽ നിന്ന് മനുഷ്യനുണ്ടാവും സൃഷ്ടി അവ്യവസ്ഥമായി സൃഷ്ടിക്കൊരു വ്യവസ്ഥയില്ല അങ്ങനെയല്ല സൃഷ്ടിക്കൊരു വ്യവസ്ഥ കാണുന്നുണ്ട് എന്താണ് വ്യവസ്ഥ ഈ ആകൃതിയെ പിന്തുടരുന്ന ഒരു വ്യവസ്ഥ ഒരാകൃതിയിൽ നിന്ന് അതേ ആകൃതി തന്നെ ഉണ്ടാവും അങ്ങനെ ഈ നാനാ രൂപത്തിലുള്ള ആകൃതികളുണ്ടായി അതിലൊരാകൃതിയാണ് മനുഷ്യൻ ആ മനുഷ്യനാകും പറയുന്നു ഞാൻ പുരുഷനാണ് ഇത് പുരുഷാകൃതിയാണ് പുരുഷാകൃതി എന്ന് പറയുമ്പോൾ ആണിന്റെ ആകൃതി എന്നുള്ളതല്ല ഇത് മനുഷ്യ ശരീരത്തിന്റെ ആകൃതിയാണ് പുരുഷാകൃതി എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരമെന്നേ അർത്ഥമാണ് അല്ലാതെ ആണെന്നുള്ള അർത്ഥത്തിൽ അപ്പം ആ മനുഷ്യ ശരീരത്തിന്റെ ആകൃതിയാണ് ആ മനുഷ്യ ശരീരത്തിൽ ഇരുന്നുകൊണ്ടാണ് ആണും പെണ്ണും എല്ലാം അഭിമാനിക്കുന്നത് ഇത് ഞാൻ ആത്മാവാണ് അങ്ങനെ അഭിമാനിക്കുന്നവനോട് പറയണം നിന്നിൽ നിന്നാണ് ഈ ആകാശം ഉണ്ടായതെന്ന് പറഞ്ഞാൽ അല്ലാ സംബന്ധം അങ്ങനെയല്ല ഇവിടെ പറയുന്നത് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇതിനെത്രയും വിശദീകരിക്കുന്നത് വാസ്തവത്തിലുള്ള പുരുഷൻ വേറെ ഈ പുരുഷൻ വേറെ അങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് അന്നരസവികാരേ ബ്രഹ്മവംശത്വശിഷ്ടേ കസ്മാ പുരുഷവൃത്തെ അന്നരസവിക സർവപ്രാണികളും ഇപ്പൊ ഇതുവരെ പറഞ്ഞെന്ന് മനസ്സിലായി അന്നരസവികാരമാണ് അന്നരസത്തിൽ നിന്നുണ്ടായതാണ് അന്നത്തിൽ നിന്ന് രസമുണ്ടാകുന്നു രസത്തിൽ നിന്ന് ബീജമുണ്ടാകുന്നു ബീജത്തിൽ നിന്ന് സൃഷ്ടി ഉണ്ടാകുന്നു സർവങ്ങനെയാണെങ്കിൽ ബ്രഹ്മവംശത്വ ഇതെല്ലാം ബ്രഹ്മവംശ്യമാണ് ബ്രഹ്മത്തിന്റെ പരമ്പരകൾ ബ്രഹ്മവംശ്യം ബ്രഹ്മത്തിന്റെ വംശത്തിൽ പിറന്നത് എന്നർത്ഥം വംശ്യം എന്ന് പറഞ്ഞു വംശ്യം വംശത്തിൽ പിറന്നു അപ്പോ ും ബ്രഹ്മംശമാണ് ബ്രഹ്മത്തിന്റെ വംശത്തിൽ പറഞ്ഞതാണ് നമ്മള് തുടക്കം കുറിക്കുന്ന ഇവിടെ കൊരങ്ങന്റെ വംശം പോലാണ് കുരങ്ങന്റെ വംശത്തിൽ പടർന്നതെന്നാണ് എല്ലാരും പഠിപ്പിക്കുന്നു ഇവിടെ പറയുന്ന ബ്രഹ്മത്തിന്റെ വംശത്തിൽ പറഞ്ഞതാണ് അത് തുല്യമാണ് അതായത് മനുഷ്യന് മാത്രമല്ല കൊരങ്ങനും എല്ലാവർക്കും ബാധകമാണ് അക്കസ്മാ പുരുഷയേവ ഗൃഹീദേവിന് എന്തിനാ ഈ മനുഷ്യന് മാത്രം എടുക്കുന്നു അല്ലെങ്കിൽ മനുഷ്യനെ തന്നെ പുരുഷന് മാത്രം എന്താ പ്രാധാന്യം ഇവിടെ പറഞ്ഞു പറഞ്ഞ് പുരുഷനെ കൊണ്ടുവരുഷൻ എന്ന് പറയുമ്പോൾ ചിലർക്ക് പറയാം പുരുഷൻ എന്ന് പറഞ്ഞാൽ ആണാണോ അല്ല ചിലര് പറയും അല്ല പുരുഷൻ പറഞ്ഞാൽ മനുഷ്യനാണോ അല്ല ഇനി പറയാം പുരുഷൻ എന്ന് പറഞ്ഞാൽ സർവ്വ ജീവജാലങ്ങളുമാണ് ശരീരം എന്നർത്ഥം എന്ന് പറയും പക്ഷെ ഇവിടെ ഈ സന്ദർഭത്തിൽ ഇവിടെ പുരുഷനെന്ന് പറയുന്നതുകൊണ്ട് ആണെന്നുള്ള അർത്ഥം കൊടുക്കുക കാരണം ഇവിടെ കർമ്മജ്ഞാനങ്ങളെ കുറിച്ച് പറയുകയാണ് അപ്പൊ ഇവിടെ പുരുഷനെന്ന് പറഞ്ഞപ്പോ എന്തായാലും മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ ഒഴിവാക്കും അവർക്ക് ശാസ്ത്രം വേണ്ട അവർക്ക് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളുടെ ആവശ്യം ഞാനും ഉപാസന ചെയ്യുന്നു അവർക്ക് അതാണ് പുരുഷന്റെ പ്രാധാന്യം എന്താണ് കിംപുന പ്രാധാന്യം കർമ്മജ്ഞാനാധികാരം അവന് മാത്രമേ കർമ്മത്തിനും ജ്ഞാനത്തിനുള്ള അധികാരമുള്ളൂ എന്താണ് അധികാരമെന്ന് പറയുന്നത് പുരുഷയ ശക്തത്വ അർത്ഥിത്വ പരിധസ്തത്വ പുരുഷൻ ശക്തനാണ് കർമ്മങ്ങൾ ചെയ്യുന്നതിനും കായികമായ ശക്തിയുണ്ട് ബൗദ്ധികമായ ശക്തിയുണ്ട് അർത്ഥി അവൻ അർത്ഥിക്കുന്നവനാണിത് വേണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് അപ്പരിതസ്ഥത്വ അവന് മാത്രമേ നിശ്ചയദാർഢ്യത്തോടുകൂടി കർമ്മത്തെ ആരംഭിച്ച് പൂർത്തീകരിക്കാൻ കഴിയും ഉദാസീനനാകാതിരിക്കാൻ പറ്റൂ എന്ന് വെച്ചാൽ അവന് മാത്രമേ ഇച്ഛാശക്തിയുള്ളൂ ഇതിനെല്ലാം ഒരു ചെയ്ത് ഒരു ഭാഗത്തു കൊണ്ട് എത്തിക്കുന്നു മറ്റൊന്നിനും ആ ഇച്ഛാശക്തി ഇല്ല ജ്ഞാനത്തെയും കർമ്മത്തെയും സംബന്ധിച്ചുള്ള ഇച്ഛാശക്തി മറ്റ് ജീവജാലങ്ങൾക്കില്ല അതിൻ്റെ ജീവനത്തിന് വേണ്ടിയുള്ള ഇച്ഛാശക്തി കാണാം പക്ഷെ ജ്ഞാനകർമ്മങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ശക്തിയോ അല്ലെങ്കിൽ അതിനുള്ള ഇച്ഛയോ ജ്ഞാനം നേടണമെന്നോ ഉപാസന ചെയ്യണമെന്നോ ഒന്നും സാധാരണ മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ഒന്നും ചിന്തിക്കാൻ വയ്യ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അർത്ഥി അവൻ ആഗ്രഹിക്കുന്നവനാകുന്നു വിദ്വാൻ വേദജ്ഞാനമുള്ളവനാകുന്നു വേദജ്ഞാനം മറ്റുള്ളതിനും സാധ്യമാക്കും വേദജ്ഞാനത്തിൽ നിന്നാണ് അവന് കർമ്മത്തെയും ഉപാസനയും മനസ്സിലായത് സമർത്ഥ എല്ലാത്തിനും അവൻ സമർത്ഥനമാകും കായികവും മാനസികവും ആർത്ഥികവും ലൗകികമായ എല്ലാ സാമർഥ്യങ്ങളും ശക്തിവിശേഷങ്ങളും അവൻ കർമ്മജ്ഞാനയോരധിക്രിയേ അവൻ കർമ്മജ്ഞാനങ്ങൾക്ക് അധികാരിയാകുന്നു അപ്പൊ സൃഷ്ടിയിൽ പുരുഷന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയും സൃഷ്ടിയെല്ലാം ഒരുപോലെയല്ലേ എല്ലാ സൃഷ്ടിയിലോടും ആത്മാവ് അനന്യമായിരിക്കുമ്പോൾ താതാത്മ്യത്തിയിരിക്കുമ്പോൾ സൃഷ്ടിയിലെന്താ വ്യത്യാസം ഒരേ പ്രാധാന്യം തന്നെ പറയുന്നു എന്താ ഇവിടെ മനുഷ്യന് മാത്രം ഒരു പ്രത്യേകതയുണ്ടെന്നാണ് ഈ പറയുന്ന വൈദികമായ കർമ്മജ്ഞാനങ്ങൾക്ക് അവന് മാത്രമേ അധികാരമുണ്ട് മറ്റു പ്രാണികൾക്കെല്ലാം സൗജിക അവരുടെ ലൗകികമായ അതായത് സ്വാഭാവികമായിട്ടുള്ള സഹജമായിട്ടുള്ള കർമ്മജ്ഞാനങ്ങൾക്ക് അവർക്ക് വൈദികമായ കർമ്മജ്ഞാനങ്ങൾക്ക് ഇവിടെ അധികാരി പുരുഷനാണ് അതിനെക്കുറിച്ച് അധികാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ആചാര്യന്മാരുടെ അഭിപ്രായ വ്യത്യാസം വരുന്നത് അത് പുരുഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമല്ല അതിൽ ആണിനെ അധികാരമുള്ളു പെണ്ണിനില്ല അതിൽ ബ്രാഹ്മണനെ അധികാരമുള്ളൂ ബ്രാഹ്മണൻ അല്ലാത്തവന് അധികാരമില്ല ഇങ്ങനെയെല്ലാം വരുന്ന വേർതിരിവുകൾ പിന്നീടാണ് ഇവിടെ പൊതുവെ പറയുന്നു കർമ്മജ്ഞാനങ്ങൾക്ക് പുരുഷനാണോ മനുഷ്യ സൃഷ്ടിക്കാനാവകാശം പുരുഷേത്വ ഏവ അവിസ്തരം ആത്മാ സഹി പ്രജ്ഞാനേന സമ്പന്നതമോ വിജ്ഞാനം പശ്യതി വേദസ്വസ്ഥനം വേദ ലോകാലോകോ മർത്തേന അമൃതം ഈപ്സതി ഇത്യവ ശ്രുതി പറയുമ്പോൾ അങ്ങനെ പുരുഷനെന്ന് പറയുമ്പോൾ മനുഷ്യനെന്നുള്ള അർത്ഥം എടുക്കുന്നുള്ളു അല്ല അതിൽ ആണെന്നോ പെണ്ണെന്നോ ബ്രാഹ്മണനെന്നോ അബ്രാഹ്മണനെന്നോ ചണ്ടാളനെന്നോ അങ്ങനെയുള്ള വ്യത്യാസമൊന്നും പറയുന്നില്ല അതിന് പ്രമാണമായിട്ടാണ് ഇവിടെ പറയുന്നത് ഈ പുരുഷൻ ആരാണ് കർമ്മജ്ഞാനങ്ങൾക്ക് അധികാരി എന്ന് പറയുന്നത് പുരുഷീയത്തെയോ ആത്മാ പുരുഷനിലാണ് ഈ സ്വരൂപ പ്രകടമായിരിക്കുന്നത് എന്താ മറ്റുള്ളതിന് ചൈതന്യമില്ലേ ബോധമില്ലേ അങ്ങനെ ഈ പ്രകാശിക്കുന്ന ചൈതന്യം ഇതാണ് തന്റെ സ്വരൂപം എന്ന് അറിയാൻ കഴിയുന്നത് പുരുഷന് മാത്രമേ ഉള്ളൂ എന്നുവെച്ചാൽ മനുഷ്യ ശരീരത്തിലേ അതിന് കഴിയുന്നുള്ളൂ ഇത് എന്റെ സ്വരൂപമാണ് എന്ന് തന്നെ തിരിച്ചറിയാൻ ഇതിനെ കഴിയുന്നുള്ളൂ ആവിസ്ഥരം എന്ന് വെച്ചാൽ അത്യധിക സ്പഷ്ടമായി ബോധമല്ലാത്തിനും ഉണ്ട് പക്ഷെ ബോധമാണ് തന്റെ സ്വരൂപം എന്നറിയാൻ പറ്റുന്നുണ്ട് മനുഷ്യന് പോലും അറിയാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അവൻ ശരീരത്തോട് താതമ്യപ്പെട്ടിട്ട് ഇതാണ് ഞാനെന്ന് അഭിമാനിക്കുന്നു അങ്ങനെ അഭിമാനിക്കുന്നുണ്ടെങ്കിലും അതവനിൽ പ്രകടമാണ് താരതമ്യേന മറ്റ് ജീവികളെ അപേക്ഷിച്ച് ഈ പഞ്ച ഇന്ദ്രിയങ്ങൾക്കും ശക്തി ഉള്ള മനുഷ്യനിലാണ് മറ്റ് ിൽ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കും തുല്യശക്തിയില്ല ഏറിങ് കുറഞ്ഞു നോക്കിയിരിക്കും ചില ജീവികൾക്ക് ഒരു ഇന്ദ്രിയത്തിന് ശക്തി കൂടിയാകും മറ്റേന്ദ്രിയും കാണത്തില്ല അങ്ങനെ അതുകൊണ്ടിവിടെ അജ്ഞാനം സമമായി പ്രകാശിക്കുന്നത് മനുഷ്യ കാരണം അത് പ്രകാശിക്കുന്നത് ഈ മനസ്സിലൂടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ് അപ്പോൾ ഇവിടെ മനസ്സിലൂടെ അത് പ്രകാശിക്കുന്നതിന് അവന്റെ ഇന്ദ്രിയങ്ങളിലൂടെ പ്രകാശിക്കുന്നതിന് അവന്റെ കർണങ്ങളും വളരെ പുഷ്ടമാണ് അത് സമൃദ്ധമാണ് മറ്റ് ജീവികൾക്ക് അവശേഷിയില്ല അതുകൊണ്ട് അവിടെ എന്തു ചെയ്യുന്നു അവന് ഗ്രഹിക്കാൻ കഴിയുന്നു ആവിസ്തര ആത്മാൻ്റെ സ്വരൂപമാണ് അതിൽ വിശേഷ ബുദ്ധിയുള്ളവർ അതിനെ സാക്ഷാത്കരിക്കുന്നു അച്ഛന്മാർ അതിനു ഗ്രഹിക്കുന്നേയില്ല മൃഗത്തെ പോലെ അതിന് വിശേഷതയുള്ളൊരു സഹി പ്രജ്ഞാനേന സമ്പന്നതമ അവൻ പ്രജ്ഞാനം കൊണ്ട് സമ്പന്നതമനായിരിക്കുന്നു സമ്പന്നനായിരിക്കുന്നു ആത്മബോധം കൊണ്ട് അവൻ സമ്പന്നനായിരിക്കുന്നു ആ സമ്പന്നത മറ്റ് ജീവികൾക്കൊന്നും കിട്ടുന്നില്ല മൂന്നാമത്തെ സ്ഥാനം എന്ന് പറയും ജനിക്കുന്നു മരിക്കുന്നു ആത്മാവിനെ കുറിച്ചൊന്നും ഇവിടെ ചിന്തിക്കാൻ പറ്റുന്നില്ല മനുഷ്യനെന്ത് ചെയ്യുന്നു അവൻ സമ്പന്നതമനായിരിക്കുന്നു പൂർണ്ണജ്ഞാനായിരിക്കുന്നു അവിടെ പറയുന്നുണ്ടോ ആണെന്നോ പെണ്ണെന്നോ ബ്രാഹ്മണനെന്നോ ചണ്ടാളനെന്നോ ഒന്നും പറയുന്നില്ല അവനെന്ത് ചെയ്യുന്നു വിജ്ഞാതം പശ്യതി അവൻ അറിയേണ്ടതിനെ നേരെ അറിയേണ്ടതിനെ നേരെ അറിയുന്നു വിശേഷിച്ച് അറിയേണ്ടത് വിജ്ഞാതം എന്ന് പറഞ്ഞാൽ എന്താണ് വിധി നിഷേധങ്ങള് അതിനെല്ലാം അവൻ സാക്ഷാത്കരിക്കുന്നു മറ്റേനത്തില്ല മൃഗങ്ങൾക്കതില്ല ഇന്നത് ചെയ്യാം ഇന്നത് ചെയ്യാൻ പാടില്ല വേദം പറയുന്നു ആചാര്യന്മാർ പറയുന്നു ഇതിനെയെല്ലാം തിരിച്ചറിയുന്ന ആ വിവേകം അതാണ് വിജ്ഞാനം അത് മനുഷ്യനെയുള്ളു വിവേകം മൃഗങ്ങൾക്കുമുണ്ട് ഇത് ഭക്ഷ്യമാണ് ഇത് അഭക്ഷ്യമാണ് അത് തിരിച്ചറിയുന്നു ഇത് തന്റെ മിത്രമാണ് ഇത് ശത്രുവാണ് അതെല്ലാം മൃഗങ്ങൾക്കുമുണ്ട് പക്ഷേ ഇത് വിഹിതമാണ് ഇത് നിഷിദ്ധമാണ് എന്നുള്ള വിവേകമില്ല അതാണ് വിവേകമെന്ന് പറയുന്നത് ഇത് അരുത് ഇതരുതാത്തത് അതാണ് വിവേകം അതില്ല ധർമാധർമ്മങ്ങളെ വിവേചിച്ച് അറിയുന്നില്ലെന്ന് അതവനറിയുന്നുണ്ട് എന്താ മനുഷ്യനത് അറിയുന്നുണ്ട് ധർമാധർമ്മങ്ങൾ തീർച്ചയായിട്ടും സർവ മനുഷ്യനത് അറിയാൻ പറ്റും സർവ മനുഷ്യനും അതറിയുന്നുണ്ട് അരുതാത്തത് അരുതെന്ന് സർവ്വ മനുഷ്യനും അറിയുന്നുണ്ട് നമുക്ക് പരാതി പറയാനുള്ളത് എന്താണ് പ്രവർത്തിക്കുന്നില്ല എന്നു അറിയാൻ പക്ഷേ പ്രവർത്തിക്കാൻ കഴിയത്തില്ല മൃഗങ്ങളെ സംബന്ധിച്ച് അങ്ങനെയുള്ള പക്ഷികളെ സംബന്ധിച്ച് അറിയാനും വയ്യ പ്രവർത്തിക്കാനും പറയുന്നു അവനും വിജ്ഞാത അവൻ ആ വിവേകമുണ്ട് അവന്റെ ഉള്ളിൽ േദസ്വസ്ഥനും അവന് മാത്രമേ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ മറ്റുള്ളതിന് അത് കഴിയിട്ടില്ല ഗൃഹങ്ങൾ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അതിന്റെ ആഹാരത്തെക്കുറിച്ചും പറ്റും നാളത്തെ അടുത്ത ആഹാരം എവിടെ നിന്ന് കഴിച്ചു നോക്കി അപ്പൊ മനുഷ്യനുള്ള പ്രത്യേകത എന്താണ് ബന്ധത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും അവൻ ചിന്തിക്കുന്നു അവനറിയുന്നു ഇപ്പോ ബന്ധനത്തിലാണോ അവൻ ചിന്തിക്കുന്നതാണ് ഭാവിയിൽ എനിക്ക് മോചനം വേണം അങ്ങനെ ചിന്തിക്കാൻ മനുഷ്യനെ കഴിയും മൃഗങ്ങൾക്കും പക്ഷികൾക്കൊന്നും പറ്റത്തില്ല അവന് പരലോകത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും മൃഗങ്ങൾക്ക് കഴിയത്തില്ല ഭാവി ഈ ലോകം വർത്തമാനം ഭാവി എന്ന് പറയുന്ന എത്തിച്ചേരേണ്ട ലോകങ്ങൾ അതിനെ ചിന്തിക്കുന്നു സ്വർഗം വൈകുണ്ഠം കൈലാസം അത് അറിയുന്നവനാണ് മനുഷ്യൻ ഇത് മൃഗങ്ങൾക്കില്ല അവർക്ക് അങ്ങനെ ലോകങ്ങളില്ല ലോകഅലോകവും ഇന്നത് ഫലം ഇന്നത് ഫലമല്ല എന്നുവെച്ചാൽ ഫലമല്ല എന്ന് പറഞ്ഞാൽ ദുഷ്ഫലം ഇത് സത്ഫലം ഇത് പുണ്യഫലം ഇത് പാപഫലം ഇത് സ്വർഗം ഇത് നരകം ഇതും അവനെ തിരിച്ചറിയാൻ പറ്റും എന്ന് പറഞ്ഞാൽ കർമ്മവും ഫലവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാൻ മനുഷ്യനെ പറ്റും അതും ലൗകികവും അലൗകികവുമായ കർമ്മങ്ങളെക്കുറിച്ചും ലൗകികവും അലൗകികവുമായ ഫലങ്ങളെക്കുറിച്ചും ചിന്തിക്കാം മൃഗങ്ങളും ചിന്തിക്കുക ഇന്ന ഫലം അറിയാൻ പറ്റും അതിന്റെ സഹജമായ കർമ്മങ്ങൾ അതിന്റെ ഫലം അതൊക്കെ അറിയാം ഭക്ഷണം കഴിച്ചാൽ വയറു നിറയും അറിയാം പക്ഷെ അലൗകികമായ ഫലങ്ങളെക്കുറിച്ച് അത് ചിന്തിക്കാൻ അവയ്ക്ക് കഴിയത്തില്ല ആ യാഗം ചെയ്താൽ അവന് ഫലമുണ്ട് എന്ന് മൃഗത്തിന് പറയാൻ പറ്റത്തില്ല മനുഷ്യന് പറയാൻ പറ്റും എന്തുകൊണ്ട് അലൗകികമായ വിഷയങ്ങളെ കുറിച്ചുള്ള ബുദ്ധി അവനുണ്ട് അതില്ലാത്തവനാണ് മൃഗം എന്ന് പറയുന്നത് അലൗകികമായ ഫലങ്ങളെ കുറിച്ചുള്ള അറിയാനുള്ള ബുദ്ധി അവനുണ്ട് അതാണ് ലോകാലോ ആത്യന്തികമായി അവൻ എന്തു ചെയ്യുന്നു മർത്തിയെന്ന അമൃതം ഇസതി ഈ മനുഷ്യരൂപത്തിൽ വന്നിട്ട് പറഞ്ഞല്ലോ അത് അന്നരസം അന്നരസത്തിൽ നിന്നുള്ള ബീജം ബീജത്തിൽ നിന്ന് ശരീരം ഉണ്ടായി ഇതെല്ലാം മർത്യമാണ് എന്നുവെച്ചാൽ ലൗകികമാണ് ഭൗതികമാണ് നശിക്കുന്നതാണ് മർത്യമായ ഇതിൽ നിന്ന് അവന് ഇതെല്ലാം കിട്ടി ശരീരം കിട്ടി ആ ശരീരത്തിനുള്ളിലിരുന്നവന് വിവേകമുണ്ടായി ധർമാധർമ്മ ജ്ഞാനമുണ്ടായി പർലോകജ്ഞാനമുണ്ടായി വേദജ്ഞാനം ഉണ്ടായി എന്നാ ഉണ്ടായി ഇതിലൂടെ എന്ത് ചെയ്യുന്നു അവൻ അമൃതം ഈപ്സതി മോക്ഷത്തെ ആഗ്രഹിക്കുന്നു അപ്പൊ അതിനവൻ ആശ്രയിക്കുന്നതിനെ മർദ്ധ്യമായ നശിക്കുന്ന എല്ലാത്തിനും ശരീരം ബുദ്ധി ഉൾപ്പെടെ സർവവും നശിക്കുന്ന മർദ്ധ്യമായ നശിക്കുന്ന സർവ്വത്തെ ആശ്രയിച്ചുകൊണ്ട് അവൻ അമൃതത്വത്തെ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവൻ നേടുന്നു അത് പുരുഷന്റെ പ്രത്യേകതയാണ് മനുഷ്യന്റെ പ്രത്യേകതയാണ് പ്രാണികളെല്ലാം ഇരിക്കുന്നതെല്ലാം എന്താണ് മർത്യമാണ് നശിക്കുന്നതാണ് അവരുടെ ശരീരവും അവരുടെ ബുദ്ധിയും അവയെല്ലാം നശിക്കുന്നതാണ് പക്ഷെ അതുകൊണ്ട് അവർക്ക് അമൃതത്വത്തെ പ്രാപിക്കാൻ കഴിയുന്നില്ല അമൃതം മോക്ഷത്തെ അവനാഗ്രഹിക്കുന്നു അവനാ അമൃതത്വത്തെ പ്രാപിക്കുന്നു രണ്ടും അതാണ് നേരത്തെ ചോദ്യത്തിന് സമാധാനം പറയും എന്താ മനുഷ്യനിലൂടെ ഇത്ര പ്രാധാന്യം ഇതാണ് അതിന്റെ പ്രത്യേകത പ്രാധാന്യം തത്വത്തിലാണെങ്കിലോ മനുഷ്യനൊരു പ്രത്യേകതയില്ല എന്തുകൊണ്ട് ഈ പുരുഷനും ആത്മാവിനോട് താതമ്യപ്പെട്ടിരിക്കുന്നു പക്ഷി മൃഗാദികളും അതിനോട് താതമ്യപ്പെട്ടിരിക്കുന്നു ആ രീതിയിൽ ഒരു ഭേദവും പാരമാർത്ഥികമായ ഭേദമില്ല പക്ഷെ വ്യവഹാരികമായ ഭേദമുണ്ട് അത് മനുഷ്യരിൽ തന്നെയുണ്ട് പൊതുവെ മനുഷ്യൻ മനുഷ്യൻ മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും ഭിന്നമാണെങ്കിൽ മനുഷ്യനൊരു സമൂഹമായി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മനുഷ്യരും പരസ്പരം ഭിന്നമായിരിക്കും വിവേകമുള്ളവർ ഇല്ലാത്തവർ ഈ തരത്തിൽ അവരിലും ഭേദമുണ്ട് അതുകൊണ്ട് പൊതുവേ പറഞ്ഞത് ഈ മനുഷ്യൻ മനുഷ്യ ശരീരത്തോടുകൂടി ഇവന് സൃഷ്ടിയിൽ പ്രാധാന്യമുണ്ട് അവന്റെ ആത്മാവ് ബ്രഹ്മമാണ് എന്ന അതുകൊണ്ട് അവനെ ശ്രുതിബോധിപ്പിക്കുന്നു അല്ലെങ്കിൽ ഗുരുബോധിപ്പിക്കുന്നു അധൈതരേഷാം പശുവിനാം അശനാപിപ്പാസേവ ം ഇത്യാദി ശ്രുത്യന്തര ദർശനമാണ് ഇതേ വിഷയം തന്നെ ചാന്തൂകൃത്തിനും മറ്റും ചർച്ച ചെയ്യുന്നിടത്ത് പറയുന്നുണ്ട് ഇതരേഷാം പശുവിനും പശു എന്ന് പറഞ്ഞ മൃഗങ്ങൾ മറ്റ് മൃഗങ്ങൾക്ക് പ്രാണികളെന്നർത്തും പശു എന്ന് പറഞ്ഞാൽ മൃഗം മാത്രമല്ല പക്ഷി എടുക്കാം മറ്റു പ്രാണികൾക്ക് അശന പി അഭിവിജ്ഞാനം അവയ്ക്കുമുണ്ട് വിവേകം ഇല്ലയെന്നു പറയുന്നത് പക്ഷെ എന്താണ് വിശപ്പ് ഉണ്ടാകും വിശപ്പ് വരുമ്പോൾ അതിന് വിവേകമുണ്ടാകുന്നു എനിക്ക് വിശപ്പുന്നു എന്താണ് ഇതിന് പരിഹാരം ഭക്ഷണം ഭക്ഷണത്തെ അന്വേഷിക്കുന്നു നല്ല ഭക്ഷണം കണ്ടുപിടിക്കുന്നു ചീത്ത ഭക്ഷണത്തെ ഒഴിവാക്കുന്നു അങ്ങനെ അതിനൊക്കെയുള്ള വിവേകം പ്രാണികൾക്കും പ്രാണികൾ വിവേകമില്ലാത്തതെന്ന് തരുത് പക്ഷെ ആ വിവേകം എന്തിനെ സംബന്ധിച്ച് അശന പിദികളെ സംബന്ധിച്ച് വിശപ്പ് ദാഹം പോലെയുള്ള ശാരീരിക ധർമ്മങ്ങളെ നിർവഹിക്കുന്നിടത്താണ് അത് വിവേകം പ്രയോഗിക്കുന്നത് ഇത്യാദി ശ്രുത്യന്തിര ദർശന മറ്റ് ശ്രുതികളും എല്ലാം പറയുന്നുണ്ട് അതുകൊണ്ട് ശാസ്ത്രം മനുഷ്യന് വേണ്ടിയാണ് ഇവിടെ വ്യക്തമാക്കി പറയുകയാണ് ശാസ്ത്രത്തെ സ്വീകരിക്കാത്തത് മൃഗങ്ങളാണ് അവയ്ക്കതിനു കഴിവില്ല ശാസ്ത്രത്തെ സ്വീകരിക്കാൻ അവയ്ക്ക് സാധ്യമല്ല സ്വീകരിക്കുന്നില്ല അതിനുള്ള വിവേകം അതിനില്ല മനുഷ്യനിൽ ശാസ്ത്രത്തെ സ്വീകരിക്കാത്തവൻ മൃഗം തന്നെയാണ് ഒരു സംശയമില്ല ആ മൃഗത്തെക്കാൾ വലിയ മൃഗമാണ് മൃഗം അധപ്പതിച്ച മൃഗം എന്തുകൊണ്ട് മൃഗങ്ങൾ ശാസ്ത്രത്തെ നിന്ദിക്കത്തില്ല മനുഷ്യ മൃഗമാണെങ്കിലോ ശാസ്ത്രത്തെ നിന്ദിക്കുക ഇവിടെ ചെയ്യും അപ്പൊ മനുഷ്യ മൃഗം മൃഗത്തെക്കാൾ അധപ്പതിച്ച മൃഗമാണ് അത് വ്യക്തമാക്കാൻ ഇവിടെ പറയുന്നു ശാസ്ത്രം മനുഷ്യന് വേണ്ടിയാണ് മൃഗത്തിന് വേണ്ടിയല്ല അതിൽ ആ മനുഷ്യൻ എന്തിനു ശാസ്ത്രം ഇങ്ങനെ ഒരു പക്ഷപാതം കാണിക്കുന്നു പറയുന്നു അത് മനുഷ്യന് മാത്രമേ അത് പറ്റൂ അവനിൽ മാത്രമേ ശക്തത്വം അർത്ഥിത്വം തുടങ്ങിയവയുള്ളൂ അവനിൽ മാത്രമേ വിവേകമുള്ളൂ അവനിൽ മാത്രമേ ഈ ആത്മാവ് സ്പഷ്ടമായി ഇതെൻ്റെ സ്വരൂപമാണ് എന്നിങ്ങനെ പ്രകാശിക്കുന്നുള്ളൂ അവന് മാത്രമേ ഞാനും കർമ്മവും ഉപാസനകളുമുള്ളൂ അവൻ മാത്രമേ മോക്ഷത്തെക്കുറിച്ച് കർലോകത്തെക്കുറിച്ചും ചിന്തിക്കുന്നുള്ളൂ അതുകൊണ്ട് പുരുഷനൂടെ പ്രാധാന്യം വന്നു പുരുഷനെ സംബന്ധിച്ച് ശാസ്ത്രത്തിനും പ്രാധാന്യം വന്നു